അപ്പോൾ അൽ ആലമീന്റെ മൊത്തം റബ്ബാണ് അള്ളാഹുസുബനഹത്താലെ ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ അവിടെ അള്ളാഹലമീൻ തന്നെയല്ല അപ്പോൾ അള്ളാഹു താല ഏതെല്ലാം വസ്തുക്കളുടെ റബ്ബാണോ ആ വസ്തുക്കളുടെ എല്ലാം റഹ്മത്ത് വന്നായിരിക്കേണ്ട തങ്ങൾക്കുണ്ടെന്നല്ലോ വന്നേ അതേ അല്ലാളമീനെ ലീഡിമാക്കി പറഞ്ഞു ഇന്നാലീൻ ഒഴിവാക്കിയിട്ടില്ലല്ലോ اما ولا شيء الا وهو به منوط النور يذ انما نرى ان لتا ورن لو را الواسطه تو واثه ليلجل لا ذهب لا ذهب الموسطون ترى قاف पिकन بنيت لا ذهب كما كره ادقوا ذا لا ذهب الموسط موصوت بو ييقوم واسطه ال ابو النبي <سؤال> صلى الله <سؤال> عليه وسلم تالا അള്ളാഹുവിന്റെ മക്കൾ നിന്ന് റഹ്മാ റഹ്മത്തുകളും അവന്റെ ഹിതായത്തുമെല്ലാം വരാനുള്ള വാസിദ്ധ്യാണ് ഈ വാസി തങ്ങളില്ല എന്നാൽ അള്ളാഹുവിന്റെ ആകത്ത് പ്രകാരം എന്തായി മോസൂത്ത് ആകുന്ന ഈ സാധനം എന്തിനാണോ വാസ്യത്തെ അത് സംബന്ധിച്ചിട്ടുണ്ടല്ലോ നബിസല്ല തങ്ങളിൽ കൂടി ഹിതായ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു നബി വന്നില്ലെ തങ്ങളെ ഹിദാഹി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് ഹിതാറ്റില്ലല്ലോ മോസൂത്ത് പോയില്ലേ വക്കാലി ബുറദത്തിൽ മദീഹി അതോ ശിഷ്യന്റെ ശിശ്വൻ അന്തസ്ഥി മീസിയാകും പറഞ്ഞത് ഓറെ മുനീതാണല്ലോ അരി അബുലി റതിയൊന്നാകും ഓറെ ശിഷ്യനാണ് അബുൽ അബ്ബാസ് മുറിസി അവരുടെ ശിഷ്യനാണ് ബുറദന്റെ മൂസരി മാം മൂസലിമാം പറയുന്നു വക്കൈപ്പുതി യുദരിക്കുന്നല്ലോ ദിവസമ്മെ ആകെ മുമ്പെന്താ പറഞ്ഞു സ്വർണത്തിനാലുള്ള മലകള് തങ്ങളെ വിളിച്ച് ഞങ്ങളുടെ അടുത്തുള്ളീൻ പക്ഷെ തങ്ങളെ അവഗണിച്ചു അപ്പൊ തങ്ങള് നെറൂദത്തിലായിക്കൊണ്ട് മാറ്റിട്ട് കണ്ടുവെച്ച് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ അത്ര മാസം നെറൂഹത്തിണ്ടായിട്ടും തുഞ്ഞാങ്ങ് തങ്ങളെ കീഴക്കാൻ കഴിഞ്ഞില്ല അന്ന് എങ്ങനെ കീഴക്കാൻ സാധിക്കും ലൌലാഹു തങ്ങളില്ലെങ്കിൽമിനള്ളതമ്മി ദുഞ്ഞാഹ് അതമ്മലിന് കൊടുത്തു വരില്ല അപ്പൊ അങ്ങനെയുള്ള സാധനം എങ്ങനെയാ തങ്ങള കീഴുക്കാം അപ്പൊ ഈ ലൌലാഹു ലം തുാമിനുള്ളതമ്മിയാണ് നമ്മുടെ സാഹിദ് പക്ഷെ ആ പദ്ധ്യത്തിന്റെ പൂർത്തീകരിക്കണം അപ്പൊ ഈ വരി മാറ്റി നേരെ ഇത് ശരിയല്ല വക്കാല മറ്റൊരു സെറ്റ് മുപ്പത് പറഞ്ഞത് പൈന മിൻ ജോലിക്ക് ദുഞ്ഞാവ നറത്തോ തങ്ങളെ ജോതിയിൽ പെട്ടതാണെന്നാ ജ്യോതി ദേഷ്ടില്ല ദുഞ്ഞാവും ദുഞ്ഞാവിന്റെ നറത്തും നറത്തേതാ പരലോകം ഒരു സാധനത്തിന്റെ നറത്ത് എന്ന് പരലോകം ാണ് ഇ ലോഹിലും കലമയുമുള്ള ഇൽമൊക്കെ എന്നും ഊബർ പറഞ്ഞു അന്നും ചോദിക്കിത് കേട്ടാലും മറ്റവരുടെ എതിർക്കല്ല മറ്റവർക്കിത് കേട്ടിടാത്തല്ലേ അവർക്ക് കേട്ടുവിടല ചുരുക്കും ചുരുക്കുക ചുരുക്കൂന്നല്ലേ അറിയുന്നു അപ്പൊ അക്കാലത്തുണ്ട് ആയിക്കോട്ടെ വലായരുതും ഇസല ഹാത ഇതുപോലത്തെ കേട്ടാൽ ഏതാണെന്ന് പറയൂല ഇല്ലാ ജാഹിദൻ ജാഹീർന്നുണ്ടോ രാജാക്ക ഇപ്പം കാലത്ത് മീൻ കൂട്ടണം ഇവിടെ നമ്മാക്കട്ട മീൻ കൂട്ടണം ഞാൻ ഇന്നാളെ വരാണക്കാ രാജ സീനിന്റെ നമ്മിന്റെ വളവ് നിർത്തുവാണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളെ സീനിന്റെ നമ്മിന്റെ വളവൊണ്ട് നിർത്തുവാന്ന് പറഞ്ഞ ഇതിന്റെ ഒരു മൂ കൂട്ടണം എങ്ങനത്താള് മാഹ് അവനിക്കിതെല്ലാം തീരുന്നത് പോറും മഹജം പോകുന്നു ഓരിക്കി പത്തിങ്ങനെ തുന്നലും കുടിക്കലും ചത്തയച്ചു നടക്കലും പോട്ടം പിടിക്കലു ഏ ലോകം ചെയ്യല് പത്ര സന്തോക്കെന്തെങ്കിലും അന്നാ കാക്കട്ടെ അത്തരക്കാർ എതിർക്കുന്നു ആയതീർപ്പ് ഞമ്മക്കിടെ വരെയല്ലാ ശരി മൂത്ര ആദ്യം വിളിച്ചില്ലേ യുവതായ സ്ഥാനത്ത് സാധിക്കായ മനുഷ്യരായ ലാഹക്കായ മനുഷ്യ എന്ന് പറയുമ്പോൾ മനുഷ്യ രണ്ട് മുജൂർക്കുണ്ട് നീ ഇവിടെ വന്നത്തെ നീ എന്താക്കണം ആ വിളിച്ചിട്ട് പറയുന്ന ഏറ്റെ അതിന്റെ ബാക്കി പിന്ന هذا سمح الله على التفكر والاعتبار تفكر وإعتبار اذاً دوا قدروا معنا كلنا تفكر قلب وقلنا عندما يريده تفكر نورينا اعتبار والله إيمعلوم انه بدأ مجهورك أندك كوتي لك اللينا إيمعلوم مدام أولو مجهور لنبلك كوتي لك اللينا هذا هو اعتبار نورينا أعني يقول أردنا لجعرف ما عليه من النعم الغذار എണ്ണിയാലൊടുങ്ങാത്ത അളന്നാലും തൂക്കിയാലും തീരാത്ത നിയമത്തുകൾ എന്തൊക്കെയാണ് അമ്മ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഒന്നറിയാൻ വേണ്ടി നീ തപക്കുറും എത്തിപ്പാറും ചെയ്യണമെന്ന് ഒന്ന് പ്രേരിപ്പിക്കുക നമുക്ക് ഈ അക്കിൽ നീ അക്കലോടുകൂടി പ്രവർത്തിക്കൂ ബുദ്ധി ഉപയോഗിക്കണം അക്കലോണ്ട് ആലോചിക്കണം എന്നു അത്രാണല്ലോ ഫിക്കൂർ വരേണ്ടത് പാണ്ട നീ ആരാന്നല്ലോ നുസ്ഹത്തു വുജൂദ് ഈ വുജൂദിന്റെ ആകെ അന്നാമത്തെ ഈ ലോകത്ത് ആകാശത്തിലും ഭൂമിയിലും ഹിസ്സിയും മാനവിയുമായി എന്തെല്ലാ വസ്തുക്കളെ അത് കംപ്ലീറ്റ് ഒതുക്കിട്ടുണ്ടായിരിക്കും മനുഷ്യന്റെ ശരീരത്തിന് മുന്നിൽ അപ്പം മൊത്തത്തിൽ ലോകത്തിന്റെ ഒരു പ്രതീക് ആകെ പഠിച്ചതിന്റെ ഹിസ് മാനവിയും ലോകത്തിന്റെ കംപ്ലീറ്റ് പ്രതീകാണായിരിക്കും മനുഷ്യൻ അതെന്താണല്ലോ അള്ളാഹുബിന്റെ അള്ളാഹു തന്നെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കാൻ ഖസാലിമ പറഞ്ഞാൽ ആരും വിശാലാക്കിയതെന്ന് ഒരു എഴുത്തുകാരന്റെ എഴുത്ത് എഴുതി മുതൽ പിടിച്ചിട്ട് മനുഷ്യന്റെ തലകൊണ്ട് പ്ലാൻ ചെയ്യുന്നതുവരെ എത്തിച്ചു ബുദ്ധി ഉടം വരെ അപ്പോൾ എഴുതാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഇവിടെ പ്ലാനിംഗ് നടന്നിട്ടുണ്ടല്ലോ അറബി ഭാഷയിലാകണമോ അത് എടുത്തു വെളുത്തോട്ട് എഴുതണമോ ഇംഗ്ലീഷിലാക്കണമോ പച്ചമശിയാക്കണമോ കറുത്ത വശിയാക്കണമോ എത്ര വണ്ണത്തിലാക്കണം വേജുണ്ടാക്കണമോ പെൻസിലുണ്ടാക്കണമോ ചോക്കം ഉണ്ടാക്കണമോ അതിൽ നിന്ന് മക്തബ് മക്തബ് കീയും എഴുത്തും കിതാബ് എത്തും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതെ കൊണ്ട് അണുപുട്ടി അത് എന്തിൽ ആയിരിക്കണം ടിക്കാണ് അഖീത് എഴുതണോ നോവൽ എഴുതണോ ലേഖനെഴുതണോ പാട്ടാക്കണോ ഇല്ലയോ ഇതെല്ലാം ഇവിടെ വർക്ക് ചെയ്തതിന്റെ താപയായിക്കൊണ്ട കഴിഞ്ഞ വെച്ചിട്ടൊരു കിതാബുണ്ടായിച്ചു ഇവിടെ തുടങ്ങിയിട്ട് ഉടമ്പര് എത്തിച്ചു കൂപ്പുറം ഇതേ യാത്ര ലോകത്തിനുള്ള നേനത്തേക്കും എത്തിച്ചു തന്നിട്ടൂപ്പുറം അങ്ങോട്ട് നമുക്ക് വിട്ടുവന്നു ഇത് ഏറ്റുപാട് ചെയ്യാം ഇനമണ്ണ പാടം കെട്ടുന്നു ഇത് വെച്ചൊരു ഒറ്റ കേട്ടപ്പുറത്തേക്ക് നമ്മൾ പുസ്തകം അത് അള്ളാഹെ തന്നെയാണ് മാ അയലാക്കെ ഇത്ര ഉന്നതമാക്കിയ വസ്തുക്കളും ഈ മോജൂദിനല്ലാത്താല പടച്ച മോജൂദ്ണ്ടല്ലോ മോജൂദെന്നല്ല അള്ളായും കൂടി ഉൾക്കൊള്ളിക്കുന്ന സാധനമാണ് മോജൂദ്ല്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ആന്മാരെ ഏത് മോജൂ പക്ഷെ അള്ളാൻ ഉൾപ്പെടുവില്ല അപ്പൊ അള്ളാഹ് അല്ലാത്ത ഏത് മോജൂദിനേക്കാളും നിന്നെ ഇത്ര മാത്രം എല്ലാത്തി എന്താണ് സാധനം എന്തൊരു അത്ഭുതമാണെന്ന് സത്യം ചെയ്തുകൊണ്ട് മൂപ്പുറത്ത് അഞ്ചു പാറ്റ ചോദിച്ചു കൊലത്തു അന്നൽ ഹലക്കളുന്നാലാലാ സൂറത്തിൽ താരിഖിന്റെ ഹരിതാഥ പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവനും ഒന്നാനക്കാല പടത്തിൽ ആദമീന്റെ സൂറത്തിലാണ് ഈ കാണുന്ന ഈ ബാഹ്യ രീതിയിലല്ല മനുഷ്യരിൽ എന്തെല്ലാം മടങ്ങിയോ അതിന്റെ എല്ലാ കോലകളും ലോകത്തിലൊട്ടാകുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ആകെ തോന്നിവിടെ ഇതിൽ അപ്പൊ ഇത് ആലമുസീർന്നു പറയും മറ്റേ ആലമുൾ കബീർ എന്ന് പറയും ഒന്ന് പരിധി ചേർന്നിട്ട് വിശ്വാസം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അന്നാമത്തെ സങ്കടീയമായ ലാഫാക്കിന്ന് മൊത്തത്തിൽ ലോകം ഒട്ടാല കബീറാക്കി മൊത്തീ അമ്പുസിന്ന് നേട്ടാൽ അക്രമായി ചൂടിയുണ്ടെന്ന് പറഞ്ഞു ഇനോ അത്ര പെച്ചിട്ട് വേറെ തന്നെ ഒന്നും ആക്കി വെച്ചല്ലോ ശരിക്കും ആലമിന്റെ ജുതുക അത് പോലത്തെ മറ്റൊരു സാധനം തന്നെ ശരിയോ എപ്പോ ഇപ്പിൽ ഇനി അള്ളാഹുവിന്റെ മാരിഫത്തോണ്ട് വിശാലമാക്കിയാൽ ഇത് ആലമുറക്ക് വീടും മറ്റാലും ചെറിയ പോകും അത് കണ്ടു ഓടിപ്പോയി എന്റെ കയ്യിലേക്ക് ചേർത്ത ഭൂമി ആഗോലുണ്ടേന്നു എന്നുവെച്ചാ അത് ചെറിയതാന്ന ഭൂമിക്ക് വിശാലതല്ല ഇന്നാടെ കുട്ടികളെ കൈക്കെട്ടുന്ന ആദ്യം ഒരു പന്തിന് കുട്ടികളെങ്ങനെ കളിപ്പിക്കുന്നു അതുപോലെ ലോകം കൊണ്ട് ഞാൻ കളിപ്പിക്കാൻ കഴിയുന്നല്ലോ ഞാൻ അലമൊക്കെ വീറയില്ലേ എന്തുകൊണ്ട് രണ്ടു ലോകത്തിന്റെയും അധിപനാരാന്നുള്ളേ ആ അള്ളാഹു വെയിൽപ്പെട്ടപ്പോൾ അള്ളാഹുന്റെ ലോകത്ത് നിന്ന് ഉണ്ടാക്കുന്നു വേണ്ട പോലെ കുതിരത്തും ആൾക്കാർക്കും മീൻകുതിരത്തി മാസീത്തം മീൻ മുസ്തത്താന്ന് ഉണ്ടാക്കുക കൊടുത്തപ്പോ ലോകം മുഴുവൻ ഊപ്പർ കഴിയുമ്പോൾ ഇങ്ങനെ കളിപ്പിക്കാനുള്ള സാധനം മാറി ചിലപ്പോൾ ലോകം നിയന്ത്രിക്കാൻ അന്ന് നമ്മളതിലേക്ക് മാതിയകാന്തിപ്പില്ലല്ല ശരിക്ക് വന്നാൽ കൊടുക്കലെന്ന് പറഞ്ഞാൽ അപ്പപ്പോ അപ്പപ്പോ അറസ്റ്റ് വരെയാൻ അറസ്റ്റ് മേൽഭാഗം മുതൽ ഏഴാം മൂന്നിന് അടിത്തെട്ട് വരെ ആകെയുള്ള കോരെടുത്തൊക്കെ മൊത്തത്തിലൊരു മെൻഷൻ തന്നെ പറയാം അത് കംപ്ലീറ്റ് അപ്പോഴേ തടിയും കണ്ടും മൂക്കും അങ്ങനെ ആ പ്രത്യേക രീതിയാണില്ലെന്നേ ഉള്ളൂ മൊത്തത്തിലുള്ള ഇതന്നെ പറയുന്നു وَلَمْ تَلْقَ بَلَغَتْ النُورَانِيَةَ النَّبَوِيَّةَ كَانَتْ عَلَى صُورَةِ إِنْسَانٍ عَظِيمٍ اللَّهُ سُبْحَانَهُ وَتَعَالَى إنتى قايل إنو معناها النورانية لقمة ولم أثل القول الرحمانية معناها اللهم صل وسلم على محمد بن النوراني ولم أثل القبلة الرحمانية ആ കബത്തുർ നൂറാണിയത്ത് കാലത്താല സൂറത്തിൽ നിൻസാൻ ഇൻസാന്റെ സൂറത്തിലായിരുന്നാവാൻ തരമുണ്ട് അവർ പറയുന്നു ഗുലാലു ഡീർത്തിപ്പിച്ചില്ല ആ നൂറിനാണ് മനുഷ്യന്റെ വോധത്തിലാണ് അവിടെ ഈ സൂറത്തോടെ ഉദ്ദേശം ഈ കാണുന്ന തല ഈ ഇങ്ങനെ കഴിയുന്ന താൽ ഇങ്ങനെ വളവ് ആ രീതിയിൽ സൂറത്തുൽ മസല എന്ന് പറയുന്നില്ലേ മസലന്റെ സൂറത്ത് അതിന്റെ തസ്വീർ അതിന്റെ മൊത്തത്തിലുള്ള ആകൃതി പിന്നെ ആ കബത്വാനിയത്തിൽ നിന്ന് വന്നതാണ് അല്ലു ആ ലോകം കംപ്ലീറ്റ് അത് അങ്ങോട്ട് എല്ലാവർക്കും മനസ്സിലാക്കി വെല്ലുവിട്ട് അല്ലാഹു ചുരുക്കി അൽ ഗുരു ആദമീൽ നിന്നാണ് കംപ്ലീറ്റ് ചുരുക്കി എടുത്തത് അപ്പൊ ഇപ്പോഴത്തെ ഹാളിലേക്ക് നോക്കിയാൽ വലിയ ലോകം ഇതാലും ആരിഫായ്മെൻ സംബന്ധിച്ചത് ഇത് വലുത് ആലമതിന്റെ തിരിച്ചൊക്കെ അള്ളാഹു മുഴുവൻ കൌലിനേക്കാളും മനുഷ്യൻ എത്രമാത്രം ഷറഫുണ്ട് എന്നതിന്റെ ഒരു തെളിവാടി കാണുന്നത് ഹാദ മായന കൗലി അത് തന്നെയാണ് മുസന്നിഫ് പറഞ്ഞതും ഫഹാൻ തനുസ്ഫതുൽ എന്ന് പറഞ്ഞത് അൽ ലോകം മുഴുവൻ ത്തിന്റെയും ഒരു കോപ്പിയാണ് നീ ഒന്നും ഒഴിയാത്ത എല്ലാ ഘടകങ്ങളും ഉൾക്കൊണ്ടിട്ടൊരു കോപ്പി എനിക്ക് ലോകം പോകണം അതാ മനുഷ്യന് കുട്ടിച്ച് പോയിക്കോന്ന് പറയാം ലോകത്തുണ്ടായ സമാവുണ്ട് അറസ്റ്റുണ്ട് കുറുത്തിയുണ്ട് അൻഹാറുണ്ട് മരങ്ങളുണ്ട് ജമാതാത്തുണ്ട് എമാ എല്ലാം മനസ്സിലുണ്ട് അനുഷ്ഠലം ഐമു തത്വം മിന്നു കൗണിൽ ഇന്ന് മുഖ്തസറാക്കിയെടുത്ത സാധനം പറയപ്പെടുന്നുണ്ട് അൽത് ഒരു കുട്ടി ബാപ്പാന്റെ ബാപ്പ കന്തല്ലുണ്ട് അവയിക്കുണ്ടല്ല പ്രകൃതി സ്വഭാവങ്ങൾ ഇവരെ പകരുന്നില്ലേ എന്ന് പറയാനുള്ളത് പോലെയാണ് ഹത്തുൽ ബുജുന്ന് പറഞ്ഞത് വക്കാലൽ അബ്ദുൽ കരീമിൽ ജീലിയും പറയുന്നത് അഷർത്തുൽ പറയത്തിൽ പറഞ്ഞതാ നിന്റെ നഹവി അത് ഉൾക്കൊള്ളുന്നതാണ് കിട്ടുന്നതാണ് എല്ലാ ഹക്കൈക്കത്തിനെയും ലോകത്തന്നാവ് ഉടച്ച ഹക്കാനിക്കൊന്നും ഊറുണ്ടല്ല കംപ്ലീറ്റ് ഒരുമിച്ച് കൂട്ടിയ ഒരു മണ്ണാകാലമാണ് നീൻ അഷർത്തു ഞാനിപ്പോൾ ഇഷാറത്ത് പറഞ്ഞതാ അതുമുറേ വിശദീകരിച്ചില്ലല്ലോ നീയല്ലാം ഉൾക്കൊണ്ടൊരാളെന്നേ പറഞ്ഞുള്ളൂ ജിദ്ദുൽ കൗലി കാര്യമായ ഒരു കോല ഞാൻ പറഞ്ഞത് തമാശ അല്ല ഹസലല്ല ഞാൻ പറഞ്ഞത് ജിദ്ദുൽ കൗല ജിദ് ഹസിൽ കളി തമാശയായിട്ട് തമാശക്ക് പറയുന്നത് അതല്ല ജിദ്ദുൽ കോല അത് ഇശാർഥായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാ അനഹാദിയും ഞാൻ നിന്നെ വഞ്ചിക്കുന്നുള്ള എന്തെങ്കിലും തമാശയും പറഞ്ഞിട്ട് ഞാൻ നിന്നെ വഞ്ചിക്കുന്നു എന്ന് ഞാൻ നേരാ പറയുന്നതും സത്യമാ പറയുന്നതും എന്ന് പറഞ്ഞു പാട്ടിന്റെ കണ്ടുമൊണ്ടല്ലേ ചോദിച്ചാക്കണം നീ അള്ളാഹുവിനെ കണ്ടെത്തിക്കുവാനുള്ള മീർ ആസാദ്രാലിനോടീറ്റ് നിർ ആസാദുണ്ടല്ലോ നീ കുത്തുബുദ്ധമാനാണ് മുന്തരായ എന്തെല്ലാ വസ്തു ഉണ്ടോ ഈ ലോകത്ത് ചിന്തിച്ചതിരി കിടക്കുന്ന കാര്യം കാമ്പ്ലി മുസവിയാണ് മിനി അവാനിയാൽ അവാനി എന്ന് വെച്ചാൽ ലോകത്തിന്റെ അവാനി എന്ന് പറയുന്നത് അപ്പൊ അവാനി എന്താകുമോ മാനിയില്ലാണ്ട് കൂല കൊണ്ടേ പറഞ്ഞല്ലോ എവിടെ അവാനിയുണ്ടോ അവിടെ മാനി ഇല്ലെങ്കിൽ അബസാനി മാറൂന്നു എവിടെ അവാനിയുണ്ടോ മാനിയില്ലന്നെ പിന്നെന്താകും ബസ്സിൽ നിന്നെ അർത്ഥം ഉണ്ടാവില്ലേ ലോകത്ത് ഒരു പുള്ളി ഉണ്ടെങ്കിൽ ആ പുള്ളിക്ക് മാനന ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഈ താതം കംപ്ലീറ്റ് ഈ തെങ്ങ് ഒരു അക്ഷരാണ് മറ്റേ തെങ്ങ് ഒരു അക്ഷരാണ് ഇരുനൂറ് ശതമാൻ മീനിലൊക്കെ ഈ ബോറത്തിന്റെ മോതിരി അർത്ഥമൊക്കെ യുഗിന്റെ വളർച്ച കേൾക്കുന്ന ഓരോ സോത്തിനുണ്ടാവും അതിന്റേതായ ഒരു മായന ആ മായയിൽ അതിന്റെ ദിശാർത്ഥുണ്ടാവും ഇനി മുസന്നിപ്പ് പറഞ്ഞില്ലേ ആ ലില്ലാ ആലാക്കിമ്മോജൂദിൻ എന്നുള്ള താജ്ബുൻ മോപ്പറേ താജ്ബ് പ്രകടിപ്പിക്കുകയാണ് മീൻഷറഫി മനുഷ്യന്റെ പോലിച്ച കണ്ടിട്ട് സുഭാനന്ദ ആ ആരാക്കം താജ് പ്രകടിപ്പിച്ചു കി കൗലിക്കില്ലായി ദർബുഹു എന്നൊക്കെ പറയുന്നതല്ല ഇല്ലായി ദർഭുന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ളത് ആ അമൃക്കൻതിന് ഇല്ലായി ദർഭുന്റെ പറയാനല്ല ലില്ല അലാക്കോജൂദിന്റെ ഭയാനാണ് ലില്ല ഐ അമ്പുക്കലില്ലാഹീൻ ലില്ലാഹിന്ന് പോകുന്ന പിന്നെ കിട്ടാപടാൻ കഴിയുന്നില്ല ഐ അമ്പുക്കലില്ലാഹീൻ പറഞ്ഞ എന്താർത്ഥം ഈ ലില്ലാ എന്നത് കലയപ്പെട്ട മുഖദാന്റെ ഹവറ നിശ്ചാർത്ഥാക്കുന്നു നിന്റെ കാര്യം അന്നാക്കന്റെ ഉറ്റുകൊടുക്കണം ഞമ്മക്കൊന്നും പറഞ്ഞാലാവൂല അല്ലാ എപ്പഹമ്മുഹു വൈറുഹു അന്നാക്കല്ലാണ്ട് നിന്റെ കാര്യം പറഞ്ഞ തീരൂല എന്ന് മൂപ്പർ പറഞ്ഞാൽ മാ ആയ കഥ ഇണ്ടല്ല അള്ളാഹ്നെടുക്ക നിന്റെ കഥർ അത്ര വലുതാണ് അന്നെടുക്കല് മാത്ര ലോകത്തിന് കായിന അതിന് അടുക്കലുണ്ടല്ല ബില്ല് എപ്പറസ്ത അസരക്ക നിന്റെ അസലറിഞ്ഞിരുന്നു എങ്കിൽ അച്ഛലറിയിൽ അറിയണം നഫ്സിനെ അറിയുമ്പോൾ അള്ളാഹിനെ അറിയും അള്ളാഹിനെ പറ്റി അറിയുമ്പോൾ ആരിപ്പാകും അന്നകളെ കഥ വർദ്ധിക്കുള്ളൂ നീവെറും തുന്തരം കുടിക്കലു ഓരെങ്കിലും തൂറുള്ളു മാത്രം അല്ലെങ്കിൽ പിന്നെ നിൽക്കുന്നു കഥ അപ്പൊ അന്നാടിയില്ല ഞാൻ കാണാൻ വിചാരില്ല അപ്പൊ ഫസലൊക്കെ നിന്റെ ഫസലും ഫസിലും നീ അറിയണം എന്നിട്ട് വക്കോമത്തെ വാതിബിധാരിക്ക അതിലെന്തൊക്കെ വാജിബുണ്ടോ അതുകൊണ്ട് നിൽക്കിയും പോണം അപ്പൊ അസിലൊണ്ടെന്നുണ്ടാക്കി ആലമുൽ കുതിരത്തായി ഫസലാകുമ്പോൾ ആലമുൽ നിൽക്കുമത്തുമായി അപ്പൊ അസുരന്തുണ്ടാകും അക്കൈക്കത്തുണ്ടാകും ഫസിലോ ശരീരത്തും ഉണ്ടാകും അപ്പൊ ശരീരത്തിന്റെയും ഹക്കൈക്കത്തിന്റെ ഇടയിൽ ജമ്മിയിണോ എന്ന് പറഞ്ഞാൽ മാതിരി ആയി അപ്പോഴാണല്ലോന്താ കരു ബലത്ത് ഇടത്ത് ഹട്ടേക്ക് തന്നും കാടയിലുള്ളവർ അവർ രണ്ട് കടലിന്റെ ഇടക്ക് എന്താക്കി മൂപ്പറിങ്ങനെ പാടം എതിര് വരാ ശരീരത്തെ കൂടെ കൊണ്ടുപോകിയാണ് അതാണല്ലോ മുസ്തഖിമായ പാടം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിലേക്ക് പറ്റ ശരീരത്തിലേക്കും എല്ലാം പോയിന് പറ്റ ബാത്ത ഹട്ടേക്കത്തിലേക്കും എല്ലാം പോയിന് രണ്ടും കൂടെ ജമാക്കി അതാണ് അസുലും പൊസുലും തമ്മിവാദി വിതാലിക്കാതി മനസ്സിൽ എന്താക്കണം ഇസ്തി കാമത്തോടെ നിക്കണം പറ്റ നാലിലേക്ക് ഞാനേലും പറ്റൂല പറ്റ ഭാസിലേക്ക് ഞാനായാലും പറ്റൂല എത്തിക്കാമത്ത് പോയില്ലേ അപ്പോൾ ഇങ്ങനാരാകും അന്നാ നടക്കണേ കഥലെത്തരുന്ന പറയാൻ കഴിയൂല ആ മട്ടത്തിൽ ആയിട്ടില്ലെങ്കിൽ ഫാൻ തീ അസ്ഫലി സാഫിലിനായി മാറുകയും ചെയ്യും രണ്ടാവസ്ഥയാണ് മനുഷ്യന്യം കാളച്ച് അബുൽ അബ്ബാസിൽ മുറസീ റമിയാവാൻ പറയുന്നു കറായത്തും അറത്തൻ വത്തീനി തോന്നി എന്ന സൂറത്ത് ഞാൻ ഒരു പ്രാവിശ്യ ഓതി അതിനെ അർത്ഥാലോചിച്ചോണ്ട് ഇങ്ങനെ ഓരെയുന്നു ഓർമ്മക്ക് എന്നെ രൂപ കിട്ടിയതാ അറിയുന്നു ഇല ഹൈത്ത ഹൈറ്റ് ഇരാക്കത് കലക്കനെ നീന്താനീ അച്ഛനത്തക്കവയും തുമ്മറതത്തിനാവും അസ്വല താഫലിയും വരെ ഞാൻ ഓറിയിച്ചെത്തി അതും കൂടെ കണ്ട മനുഷ്യനിക്ക് രണ്ടവസ്ഥ പരസ്പര വൈരുദ്ധ്യമായ രണ്ടാവസ്ഥ ഞാൻ മനുഷ്യനെ പൊറച്ചത് അശ്വലത്തക്കവയും ഇല്ല ഏറ്റ മെച്ചമായ ഓരത്തിലും നാഹിലും നായിലൊന്നു തന്നെ മലായിക്കത്തിന് പോലും കോലം മാറാനും പറ്റി വായ്പ കൊടുക്കൽ ഏതാ മനുഷ്യന്റെ ശരീരത്തിൽ കോലം മാറിക്കോന്നല്ലേ മൃഗം പോലെ ആകാൻ പാടില്ലല്ല അപ്പൊ മലായിക്കത്തിന് പോലും വായ്പ കൊടുക്കാൻ പറ്റിയ ശരീരം ഏതാന്ന് മനുഷ്യന്റെ ശരീരത്തിന്റെ കോലാന്ന വരുന്നു മഹമ്മദ് എന്ന കോലാന്നല്ല പറഞ്ഞു ചെറിയ പറഞ്ഞു നോക്കിയാട്ടെ ഇത് തലക്ക് ഈ മിച്ചിട്ട് കളഞ്ഞി കിടക്കും പോലെ വറന്ന് നോക്കിയാല് കല മീൻമാന്നത് അതിന്റെ കൂടെ ഹാഗ വന്നത് ചന്ദിക്കാള മീൻമ വരും കാലി മുടക്കിടക്കൻ താല് വരും ചെറിയ വന്ന മനുഷ്യന്റെ വീഡിയോ കേട്ട മോളിലേക്ക് കൂടി അഹമ്മദ് സുമർ അതിന് അസ്ഫല സാഫിന്റെ അക്കിന്നും പറഞ്ഞു അടിക്കുന്നുണ്ട് നേരെ തല മോശത്തില്ല ഉള്ളത് വരുത്തിയല്ല വന്നേക്കർ ഈ ആഴത്തിനെപ്പറ്റി ഞാനെന്താക്കി വളരെയധികം തഫക്കറോട് ചിന്തിച്ചപ്പോൾ ലൌഹിൽ മഹബോദിനെത്തിയ കാര്യമാണ് എനിക്ക് കസ്റ്റില് വന്നത് മൈദാ ഫീ മക്കൂബോൻ അപ്പൊ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു നോക്കി റൂഹം അക്കലൻ മനുഷ്യർ റൂഹം കൊടുത്തിട്ടുണ്ട് അതിന്റെ പകമിന്റെ കേന്ദ്രം ഭാഗം അക്കലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇദ്രാക്കിന്റെ ഓരോ കേന്ദ്രങ്ങളാണല്ലോ റോഹത്തിൽ റോഹിന്റെ പഹമിന്റെ കേന്ദ്രമാണേത് അക്കൽ എല്ലാത്തിനും കൺട്രോൾ കൺട്രോൾ റൂം റിമോട്ട് ഏരിയ അക്കലിലാണ് പഹമു ഇതരാക്കു നിൽക്കുന്നിടയാണ് കൽബിലാണ് അമോ കൽബാലും അക്കലാലും ചേർത്ത് നോക്കിയാൽ അഹസത്തക്കവി മലിന കടന്നമായ സാധനം ലോകത്ത് പറയാനില്ല സുമ്മടിയാ പറയുന്നു അതെ നബ്സം ഹവാസും ഹവിയടോ വന്നു നബ്സും വന്നത് അടിയുമ്പോൾ നോക്കുമ്പോ അസ്ഫലസാഫിനെ അത് പുതിക്കേണ്ടിയും വന്നു അവിടെ നഫ്സു ഹവാന തട്ടി മാറ്റിയിട്ട് ആക്കലും ഊഹം ഉണ്ടാക്കണം വയരണം എന്നൊക്കെ പണ്ടേ തവസ്ഥയിലേക്ക് മടങ്ങാം സുമ്മയ്യൻ വജ ബയ്യന വജ ഹക്കോ ഗുരു ഈ ലോകത്തിന്റെ മുറുവരത്തിന്റെ ഒരു സാമ്പിൾ കോപ്പി ആണെന്ന് പറഞ്ഞതു അതെന്താ അലൈഹി സഖീൽ അർസു വൽ কুরസി വൽ ആലമുൽ റുൽവിയു വസ് സുഫലിയു അല യൗമനിഷാ നിനിൽ അർസുൽ কুরസിയ നിനിൽ തന്ന ഇല്ലേ വൽ ആലമുൽ റുൽവിയു വസ് സുഫലിയു നിനിൽ തന്ന ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു അതാ അതഎങ്ങനെയാ இஸ்திமாருல் இன்சानी அலல் ஆலமில் அல்ல்வியி மஸ்தக்லீ அபல்வி என்னடா எத அரசு அது சுஃப்லீ குர்தியா கமட்டுல இன்னொருல் அல்ல்வி இந்த ரெண்டு கஷ்டங்களான அரசு குர்த்தி ஆச்ச சுஃப்லீ இல்லல ஆலமல் அல்ல்வியின் மேலம ஆலம சுஃப்லீன் மேல மனுஷன் முஸ்தமிதன்னல்லே அய்யா தந்துนาม யஹ்தமிரு ஆச்ச அபர் അത് മെസ്റ്റിമോണ്ട് അഞ്ഞക്കൂല താലിക്കാനാവും ഹിസ്സൻ നിരക്കും ആ മാനക്കൊപ്പിക്ക മാനം നിലക്കൊപ്പിക്കുന്ന പറയും ഹിസ്തൻ നിലക്കൊപ്പിക്ക മാനം നിലക്കൊപ്പിക്ക ഹിസ് നിറം ബാഹ്യ ശരീരത്തിലേക്ക് ചേർത്തിട്ട് മാനം നിരക്കും മൂപ്പർ ആദ്യം മാനയെ പറയുന്നു അതാണല്ലോ മൂപ്പർക്കുള്ള പ്രാധാന്യം അതല്ലേ ഇപ്പൊ ഏതാ വക്കാൻ ഇപ്പൊ ഉള്ളത് അവാനിയ മാനില ഇപ്പൊ ഉള്ളത് മാനിലാന്നല്ലോ അവാനി വയ്യല്ലേ ഹിസ് അവാനിയാണല്ലോ هذا يقول أنه من جهة المعنى نبارة البرية فلا شك أن الروح أصلها ملكوتية روحي أيضا أصل هذا ملكوتية ناسوتي الله ملكوتية لا يحسرها قونا ورشا قونا هذا نحسراك أن صادقه لنا حسراك لنا لدينا جهات السيطة وعندما أذكرنا الله وحسرنا لدادنا ഇപ്പം പാലെടുത്തിട്ട് ഗ്ലാസ്സിൽ വീതി കഴിഞ്ഞാൽ പാലിനെ ഹെസറാക്കിയത് ഗ്ലാസിന്റെ ആകൃതി എന്താണോ അതിൽ അതിനു ബുദ്ധിമുട്ട് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ ഹെസറാക്കി സിലിണ്ടറിലേക്ക് ഗ്യാസൊക്കെ ഉറച്ചാൽ അതിനെ പിടിച്ചാൽ ഹെസറാക്കിയില്ലേ പക്ഷെന്താക്കുന്ന ഇത് പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പ് ഉണ്ട് അതിന് ഇത് എന്താക്കുന്ന ഓ അതിനെ ഒന്നിനും ഹെസറാക്കാൻ കഴിയില്ല ആരൊക്കെ ഹെസ്റാക്കാൻ കഴിയാം അതിനനുസരിച്ച് തടിയിലില്ലാണ് അതന്നാമത്താല കഴിഞ്ഞിട്ടുണ്ട് പിടിച്ചൊതുക്കിയിട്ട് നിൽക്കാൻ അവിടെ പിടിച്ച് ഒതുക്കിട്ട് എന്നോട് നിർത്തിയിട്ടും അതിനുള്ള ഇങ്ങനെ ചാടാൻ കളിച്ചോണ്ടിരിക്കുന്നു ഇതിനെ ചൗക്കോണ്ടോ ഇതിൽ നിന്ന് പൊറച്ച് ചാടാൻ കഴിയുന്നില്ല കളക്കറ അതിലെ വേണം മറാ കളക്കാനും കഴിയില്ല ആചാദിക എനിക്കും ചാടിക്കളിയും ചാടി കളക്കീട്ട് പോളിയൂ ഞാൻ നിൽക്കുന്നില്ല എന്നും പോയിട്ട് ഇതൊന്നും കാരണം എങ്ങനെ തയ്ക്കാൻ കഴിയൂല ഞാനിടെ നിൽക്കുന്നില്ല എന്നുള്ള ഒറ്റ പോസരങ്കില് പോയി അത് കവിയായ നല്ല മലക്കൊലിന് മുഖത്തന്നെ വന്നാലേ തടി നടക്കാൻ കഴിയുള്ള ആ രീതിയിൽ അങ്ങോട്ട് ഫിറ്റിംഗ് ചെയ്ത് അവിടെ ഉണ്ടല്ലോ ആ ഫിറ്റിങ് നടക്കുമ്പോ അല്ലാത്ത വേദനയും കടുപ്പു ആ രീതിയിൽ അല്ലെ കരിയത്തിന്റെ ഫീറ്റ് ചെയ്തിട്ട് അങ്ങട്ട് മുറുക്കിയോണ്ടല്ല ഇവിടെ വെക്കുന്നു വന്നിനെ ഹസറാക്കാൻ അല്ലെങ്കിൽ തന്നെ ആ പോവേ ശരീരത്തിനെ ഹസറാക്കിയിട്ടില്ല എന്നല്ലേ ശരീരത്തിന് പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് തറയാണിയാണോ തറയാനിയാണോ എന്ന ദക്കുണ്ടല്ലോ ആ സറയാണിയാണെന്ന ഈ കമ്പനി കൂടി കരണ്ടോടും പോലെ എല്ലാ ജതിയിലും റോയെങ്ങനെ വ്യാപരിച്ചു കിടക്കുന്നു എന്നാണ് തലയാണി എന്ന് പറയുന്നത് അത് പറഞ്ഞാൽത്തും ഓരോ പറയുന്ന ഉള്ള കാലം തന്നെ പിടിച്ച് പിടിച്ച് പിടിച്ച് റോയിനെ കൊണ്ടാന്ന് കാൽ എത്തി ഇവിടുത്തേക്ക് എത്തി ഇവിടുത്തേക്ക് എത്തിന്ന് പറയുമ്പോൾ ഓരോ ജുതിന്ന് പിടിച്ചുകൊണ്ടേ തെളിവെടുക്കുന്നത് അതൊക്കെ ഈ ജിത്തിയാസവാസമാണ് തറയാടി എന്ന് പറയുന്ന പത്രത്തില് ഒരു വണ്ടി ഡ്രൈവർ നിയന്ത്രിക്കുന്നു വിമാനം പൈലറ്റ് നിയന്ത്രിക്കുന്ന ഒരു സ്പോട്ടിൽ മാത്രം എന്നിട്ട് കണ്ണി കംപ്ലീറ്റ് കൺട്രോൾ ഒരു പോയിന്റിൽ മാത്രമാണ് ഇതുപോലെ ശരീരത്തിന് മോത്രത്തിൽ ഏതോ ഒരു കേന്ദ്രീകരിച്ച് കൊണ്ടിട്ട് പുറമെ നിയന്ത്രിക്കുന്നു അതാ തറയാടിയും അങ്ങനെ പിന്നെ തൊണ്ടക്കൂലി കുടിക്കേണ്ടാലോന്നല്ലാന്ന് മറ്റോ ദിസ്കാലാക്കുന്നു അപാടിക്കന്മാരേക്കിനെപ്പറ്റി വിശാല അമാവധിച്ചില്ല പോയതിനെ പറ്റി അപ്പോ പറയാണെന്ന് നോക്കുമ്പോൾ ഹസ്റ തീരെ ഇല്ല അത് വിട്ടിട്ടുണ്ട് ഒരു കോന്നെ ഹസ്റാക്കില്ല എന്നാ എന്തെങ്കിലും ബന്ധാ കേട്ട കയ്യില്ലല്ല ഇനി അസറസ്ലാം അഹ് ഇനി പിടിച്ചിട്ട് പോകുമ്പോ ഈ ഒരു കോട്ടാരന്റെ കെട്ടി ആ മതിലിലേക്കുള്ള കടക്കാൻ കഴിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഹെസ്റില്ലല്ലോ തടഞ്ഞു <تصفيق> كما قال في الهكمة الهكمة لذا برده وسعك الكون من حيث جثمانيتك ولم نسعك من حيث صبوة روح عاليتك <تصفيق> كم, كم هو الوضع اللي يتعبون لها وسعك الكون ايه قوي هذا من علم يعلم دينه لكل شيء دين دونه الجثمانية انه لكانه سريل من انه لكانه يعلم انه لكانه എന്നാലേ റൂഹാനിയത്തിന്റെ ഭാഗത്തിൽ കൂടിയോ ഈ ലോകം എനിക്ക് നിൽക്കാൻ മതിയാവൂലെന്ന വല്ല നിന്റെ റൂഹാനിയത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗത്തിൽ ലോകം എനിക്ക് മതിയാവൂലെന്നത് ലോകം കംപ്ലീറ്റ് ഇങ്ങനെ മനസ്സിലുള്ളിൽ ഇങ്ങനെ ഒറ്റ ആക്കുന്ന ആകാശം ഭൂമി കംപ്ലീറ്റ് എവിടെയോ കിടക്കുന്ന ദൂരത്തോളം നക്ഷത്രത്തിന് പിടിച്ചിട്ട് അതിന്റെ സ്പീഡ് എത്രയാല്ലേ പറയുന്നു നാളെ തുന്നു എന്താ വുഹാനിയത്തിന്റെ സുഖത്തിന്റെ ഭാഗത്തിൽ കൂടി ഏതാ വാസിയായി വുഹാനിയത്ത് വാസിയാണ് ലോകം ചെറുതാണ് അപ്പൊ ഭൂമി അങ്ങനെ ഉണ്ടാവുമോ ലങ്കാൻ വളരെ ക്ലിയർ വുഹാനിയത്തിന്റെ ഭാഗത്തിൽ കൂടി ഭൂമിയായി ആശ്വാസിച്ചതേയുള്ളൂ നമ്മുടെ ചെറുതായി ചെറുതായപ്പോ ലോകം അതിനകത്ത് നഫ്സഫു നഫ്സിനെപ്പറ്റി ജാഹിരായി മഹജൂബത്ത കൊണ്ട് മഹജൂബായിട്ട് അതിനെ കണ്ടാക്കി വലിച്ചെറിഞ്ഞളഞ്ഞു അപ്പൊ ഇൻഹജബത്ത് റൂഹഹു റോഹായി അനി ഹജാബ് സംഭവിച്ചു ഹസ്ർ വന്നു പോയതാണ് ഈ ഹാസൽ കൗനിൽ അല്ലെങ്കിൽ ഹസർ ഉണ്ടാവുനു ഫൈദ ഇനി അതിന്റെ ആ റൂഹന്താക്കി അതിനെ കണ്ട് അറിഞ്ഞു അതിനെ തന്നെ അറിഞ്ഞു ലമ്മ ജഹീദോ ഹാർ നെസ്സിനെ അറിഞ്ഞു ഹറക്ക അവായുധ ഈ ലോകത്ത് നിന്ന് ശീലിപ്പിച്ചെന്തല്ലോ ദുശീലങ്ങളുണ്ടല്ലോ പടലുകൾ നമ്മളുണ്ടാക്കിയ അകത്ത് മാമൂലി കൂടെ അകത്തും എല്ലാം കൂടെ പൊട്ടിച്ചെറിയാം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇസ്ലാം ഇത്തിബ മാത്രം വറൊന്നില്ല ഇൻഹറക്കത്ത് ലഹുല്ല അപ്പൊ ലോകത്തിന്റെ ആയുധങ്ങൾ കമ്പ്ലിച്ച് എന്താക്കും ഇവനിക്ക് കീറി ലോകം മുഴുവൻ ഇവനിക്കൻപടുകയാണ് ബസുമ്മം ആളെല്ലാം വയ്യ വയ്യാലും വസ്തുവിൽ എന്താളല്ലേ ഒഞ്ഞുപുകയിൽ എന്നുള്ള അവസ്ഥയു ഇതേപോലെ അവാായുദുകൾക്ക് നമ്മളി എഫ്റ്റിന്റെ മണ്ഡക്കട്ട് ഒഴിഞ്ഞുകൊടുക്കുന്നത് കാണാം ലോകത്തുള്ള എല്ലാ അവായുധുകളും അങ്ങനെ ഊഹയും കൗരനെ തൊട്ട് എല്ലാ ഹസ്സം എത്തോട്ട് അവർ പുറത്തു ചാടി പുറത്തു ചാടി ഫലം അനില്ല അന്നാമെത്തൊട്ട് ഇജ ബാക്കുല അർന്നോ സമാക്കോ ഒന്നു ഒന്നും ഇല്ലാമല്ല فحينا <تصفيق> اذن عوثرت تستوي روحه مو تستوينا تستوي لنا اللي ده تستوينا نل انا جمعنا لكمنا الرحمن هنا على اللبس استوى انا ورني استوى يعني وين اندلا الا بيسرن حديث انا ില്ലേ വിസുറിന്റെ രാജാവ് ഇറാഖിന് അടച്ചി പരിച്ചുകൾ ഞും ഇസ്തവാന്റെ ഓർത്തില്ലേ അതുപോലെ ഇവന്റെ ഊഹിന് മുഴുവൻ അടച്ചി പരിച്ചുകളെയും അബ വായന്ദ വീ തി ജോതി റോഹിന്ദ ഉള്ളിയെ കൊടുങ്ങുന്നത് കാണാം ആർചവ കോരസിയം അഫലാതു വയർഹ കമ്പിന്ദക്കി ഇതെ കണ്ടൽതായി മനസ്സിലേ ചെറുതായി മാറി വഹവല്ലദീ കസദ ശുത്രീ റബിയല്ലാഹി ന പാതി പറലാന മിതവഹി ഇറമ തൗഫക തറ വതദൂ അസ്റാബുക വഖിന അനിൽ വറാ തബുദൂല ക അഖബാറുക വബിസ്ഖൽ അൽമിറാഹി യസൂലു അഖിയറുക എന്ന് പറന്നു അപ്പൊ പാട്ടിന് ഇച്ചൻ്റെ നമുക്ക് കിട്ടും കിട്ടുന്നില്ല ഇത് പണ്ട് നമ്മളെ ഇച്ചപാടിയാണൊക്കെ ഓരോ പാട്ടുകളായിരിക്കും ഇച്ചന്റെ ഒരു പാട്ടില്ലേ ഇഹമന് തണുഫക്ക നിന്റെ കണ്ണെന്ന് ചിമ്മി നോക്കൂടോ തറ നീ കാണാത്ത അസ്ത്ര നിന്റെ അസ്തുറല്ലോ അപ്പൊ കണ്ണ് ജിമ്മൽ എന്നത് എന്തിനൊട്ടി പാറത്താന്ന് എല്ലാത്തിനും പനാക ഒന്നിലേക്ക് വിലത്തിപ്പാത്തു വേണ്ട കണ്ണെന്ന് ജിമ്മ കമ്പിളിട്ടായി ഇട്ടായി കഴിഞ്ഞ ഉച്ച ഒന്നും കാണുന്നില്ലല്ലോ അപ്പഴാ നിന്റെ അച്ഛറല്ല ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയത് മറ്റേല്ലൂരി അത് ഇമാറത്താണ് വഫന അനിൽ വറ എന്നല്ലാണ്ട് ഈ ഭാര്യ കണ്ണു മാത്രം പറഫുന അനിൽ വറ വടപ്പ് കളത്തില അന്നരാണ് കറുതൂലത്ത അഹംബാറും നിന്റെ അഹ്ബാറെല്ലാം വെളിപ്പെടല അന്നേരാണ് നീ ആരാണ് നീ എവിടെ ഉണ്ട് എന്താ നിന്റെ അവസ്ഥ എന്നൊക്കെ വെളിപ്പെടലേ വബി സക്കീരൻ മിറായത്തി ഞാൻ പറഞ്ഞാ ഒരു ഗ്ലാസിന് വെള്ളം വെക്കില്ലേ ആറിഞ്ച് വലിപ്പത്തിൽ ഉള്ള ഗ്ലാസിന് വെള്ളം വെച്ചിട്ട് ഈ ഭക്കത്തെന് പിടിക്കുക ഒരു ചെറിയൊരു അണൂനെ പിടിച്ചാക്കണൂന് വിശാലമായ അറിവൊന്നുമില്ല ഇത് ഈ മക്കത്തേ എത്തി നോക്കുമ്പോ നാലേ രണ്ടിനാക്കാണ് നമ്മൾ നാലേ രണ്ട് കിണറും അതിലെ വെള്ളവും കാണുന്നതിനാക്കാണ് വലിയ വലിപ്പ ചാരിക്കുന്നതൊന്നും ഈ അണൂന് ഗ്ലാസും വെള്ളവും അപ്പൊ അതിന്റെ അന്യായോട് പറയുന്ന കടറുണ്ടാടാ പക്കത്തിനാടാ ഗുണ കൊണ്ടാടാ വെള്ളം കാണാൻ ഉള്ളി ഇനി ആ അണുവിനാക്കാണ അക്കിലെ കൊണ്ടും മാരിപ്പത്തിന്റെ ദാരി വിശാലമായാക്കി ഞമ്മക്ക് ഗ്ലാസും വെള്ള എടുക്കണ കൊണ്ടപ്പോ അതിനക ഗ്ലാസ് തൂക്കി കൊണ്ടപ്പോ അപ്പൊ അണുണ്ടാവും പറയുന്ന കടറും കൊണ്ടു കൊടുത്തിട്ട് അതന്നെ നമ്മൾ കരിപ്പ് തോന്നുന്നത് അണുവിനെ നമ്മളെ സംബന്ധിച്ച് ഇഷ്കാർ തോന്നി അതേ ഇഷ്കാലാണ് ഭൂമി ഇവരുണ്ടാവുമ്പോൾ എന്തെങ്കിലും എന്താ പറയുന്നു എന്തേശ് തന്നെ പറയുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ഇഷ്കാല് അപ്പൊ നമ്മ അണുവാന്ന് നമ്മളെ മാലിപ്പത്ത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അതേ കേത്രമെ നോക്കിയൂ ثم قال وهو يقول: "البلق فيك يدور ويلي ويلمع والسموسو ينبض فيك تغيب وتظهر فقرأ معنى السطور التي فيك اجمع لا تغادر سطرا من سطورك وادري عاش هو معنى القمر الذي فيك يسري പറഞ്ഞു തീർക്കാനാണ് കീഴം എന്താ പലക്കെ നിന്നിൽ കൂടി തിരിയുന്നുണ്ട് അത് പ്രകാശിക്കുകയും കത്തിച്ചൊലിക്കുകയും ചെയ്യുന്നുണ്ട് ശംസുണ്ട് കമറുകൊണ്ട് അത് ഉദിക്കുകയും അസ്തമിക്കുകയും രണ്ടും ചെയ്യുന്നുണ്ട് മാനസുത്തൂർന്ന് വായിച്ചോ അല്ലാജുമാ നിന്നിലെല്ലാം അടക്കം ചെയ്തിരിക്കുന്ന മാനസത്തൂറുണ്ടല്ലോ ശത്രുടെ വരി ശത്രുടെ വരി ആ വരിക്ക മായന അപ്പൊ ഇമ്പാറത്തിന്റെ സത്രാണീ കാണുന്നത് അതിന്റെ വഴി ആ വരികളിലുണ്ടാകും ഈ ആ കരിമാതകൾ പരസ്പരം ചേർത്തിട്ടുണ്ടാകുന്നൊരു മായന ഉണ്ടാവും ആ മായനാണ് നമ്മിപ്പം ബാധിച്ച മനസ്സിനുള്ളിലാക്കുന്നത് നാവ് കൊണ്ട് പറഞ്ഞു കാതുകൊണ്ട് കേട്ടിട്ട് മനസ്സിന്റെ ഉള്ളിലാക്കുന്നൊണ്ടാണ് മായത് ഇതേ മായിൽ അടക്കം ചെയ്യപ്പെട്ട ആ സത്രുണ്ടല്ലോ സത് നീ ബാധിച്ചിട്ട് മായ നീ മനസ്സിലാക്കോന്ന പറയുന്നു എങ്ങത്തവരിൽ ആ തുകാതൊരു സത്ര മീൻസ് ഒരിക്ക നിന്റെ സത്രിൽപ്പെട്ടവരൊറ്റ ഒന്നും ഒഴിവാക്കിയിട്ടില്ല അല്ല അബിൻണ്ട് മൊതി നീ അറിയണത് ആസ് മുതാജ്ജബായിട്ട് പറയുന്നു ഹുവ മഅനൽ ഖമർ അൽദി ഫീക യസ്രീ ലിനിറകന ഖമർ മഅന അദാ ഹുവൽ ഖമർ അൽദി ഫീക യസ്രീ മുൻഇബാതുണ്ട് അപ്പോൾ കൂട നമുക്ക് കാര്യമായി തിരണ്ടരടാ ഫഖറ മഅന സത്തൂർന്നല്ലേ ഏതാണ് സത്ര എന്താ മഅന എങ്ങിനെ വായിക്കില്ല അപ്പോൾ ഫഖറഹു ഫഖറ മഅന സത്തൂർ ഇന്ദ മർജിഅിലം അന്ന സൂഫിയത്ത് റബിയും ഹിസ്റ്റിയായ ഈ ലോകം ഉണ്ടല്ലോ നമ്മളെ കണ്ണോട്ട് കാണപ്പെടുന്ന ഈ പുറമെ കാണപ്പെടുന്നെ ഞാനെ ഹിസ് ഇതിനെപ്പറ്റി സൂഫിയാക്കൾ പറയാന് റസ്മ് നിപാറത്തിടും അഷ്കാൽ നിബാറത്തിലും ചെക്കല് ജമ് റസ്മ് ശക്കല് സത്തറ് എന്ത് പാറത്തിട്ടാണ് സാധനം എന്നാ എഴുത്ത് എന്ന് വെച്ചോളി അപ്പൊ എഴുത്തിന് എന്തോ ഒരു സൂചന ഉണ്ടാവും അതാണ് എന്റെ മായന സിഗ്നല് ഒരു സിഗ്നലിന്റെ സൂചന ഉണ്ടാവൂല്ലേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴെ കടക്കും കട്ടിലും പഠിച്ചിട്ടാ ഓട്ടമൊക്കെ കെട്ടി തൂക്കിട്ട് എന്താ ഒരു റസമാണത് ആ റസ്മെന്തിനായി സൂചിപ്പിക്കുന്നു അടുത്ത ആസ്പത്രി ഉണ്ട് രോഗിനെ ഓട്ടപ്പാന്ന് വിടെ കയറിക്കോ അല്ലേ ഒരു കുഞ്ഞുണ്ടാവും വേഗം പിടിച്ചിട്ട് പായുന്നു എന്താ ഒരു സത്രുറാണ് ഒരു ഷക്കിലാണ് എന്താ സൂചിപ്പിക്കുന്നത് അടുത്ത് സ്കൂളുണ്ട് ഇങ്ങനെ വരവരച്ചിട്ട് അടുത്ത റെയിൽവേ ഗൈറ്റ് ഉണ്ട് ലോകം കംപ്ലീറ്റ് എന്താന്ന് ഓരോ മാനന്റെ മേലെ അറിയിക്കുന്ന ഓരോ റസ്മിൽ സത്രുകളാണ് അപ്പൊ ഇതിന്റെ സത്രു എന്നൊക്കെ പേര് വരാൻ കാരണം എന്താ നമ്മൊരു ബലവരച്ച് എഴുത്തുകരിക്കവരച്ച് ഇഷ്ട കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു മാന ഇന്റെ പിന്നിലുണ്ടാകുമല്ലോ എന്ന് എന്താ പറഞ്ഞ മാറി ലോകത്തിന് മനസ്സിലാക്കിയാക്കി ഇരുന്ന് എന്തുണ്ട് ചില അസരാറുകൾ മാനി കണ്ടെത്താനുണ്ട് ഞങ്ങൾക്ക് താൽക്കാലികണ്ടാവും അതിനുള്ള വജൂദ് മജാദി എന്ന് പറയുന്നത് മജാസി ആ വജൂദില്ലെന്ന് പറയാൻ പറ്റൂലല്ല അള്ള കൊടുത്തിട്ടുണ്ടായി താൽക്കാലികമായിട്ട് വായ്പ വാങ്ങിയ വജൂദ് അടിച്ചു കയറ്റിയത് അട്ടിളക്കിയാലുണ്ടാവും താഴേക്കന്നു പോവും അപ്പൊ അസലിലേക്ക് നോക്കിയാൽ വജൂദ് പനാംഗ് ഇതുപോലെ വെള്ളം എങ്ങോട്ടോ വെള്ളത്തിന്റെ തപയടുത്തൊക്കെ വെള്ളം എങ്ങോട്ടോ താഴോട്ടു നമ്മളെ ടാങ്കിനെ മുകളിൽ രാവിലെ നോക്കുമ്പോഴൊക്കെ കണ്ട് ടാങ്കിനെ മോള് വെള്ളം മുൻ കാണുന്നു അങ്ങനെയാ അത് മോട്ടർ സ്വിച്ച് ഓൺ ആക്കിട്ട് പമ്പ് ചെയ്തിട്ട് വെലിച്ചു കയറ്റി വന്നു ഇന്ന് എത്രയാണ് മോട്ടറിന്റെ പവർ പറയുന്നത് അത്തരം കണ്ട വെള്ളം തലേക്കിറങ്ങും പോപ്പാക്കുമ്പോഴേക്ക് താഴേക്കന്നെ അപ്പൊ ഈ പുരൂത് കാണുന്നുണ്ടല്ലോ അപ്പം വെള്ളം താഴോട്ടേ ഒഴുകുള്ളൂ എന്നതിനെതിരല്ലായത് ിലേക്ക് ബൂന്ന കണ്ടിട്ട് അത് അടിച്ചു കയറ്റിയപ്പം കേറിയതാ ഇതുപോലെ അല്ലാതെ താല വജൂദിനെ പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കേതും വജൂദിനെ ഇന്താതിനെയും പമ്പ് ചെയ്ത് ഇങ്ങനെ ബൂന്ത കാണും ആ മോട്ടറിന് അത്ര മതി നോക്കിയാല് ഹലാക്കിലേക്ക് പോയി കുല്ലുന് സ്റ്റെയിൻ ഹാലിക്കന് ഇല്ലാതെ എല്ലാം ഇത് ഒന്ന് ഹക്കൈക്കിയായ ഉജൂത് ഒന്ന് മജാദിയായ ഉജൂത് മറ്റൊന്ന് രണ്ടും കൂടി കാണുന്ന ആക്ക് രണ്ടും ഉജൂദ് കാണും അല്ലെങ്കിലോ മജാസിയായ ഉജൂദ് മാത്രം കാണുന്നാക്ക് അത് ഒന്ന് പഠിച്ചോനില്ല അറ്റേക്കായ വുജൂദ് മാത്രം കാണുന്ന പനായിന്റെ അഹലുകാർക്ക് ആ വജൂദൊന്ന് മാത്രം ഓർക്കുകയും മജാസിയും ഇല്ല മകായി അഹലുകാർക്കെന്ത്ണ്ടാകും അറ്റേക്കെയ്യായ വുജൂദും കാണും മജാസിയായ വുജൂദും കാണും പക്ഷെ മജാസിയായ വുജൂദ് അതിനോട് താപിയാണ് എന്ന് നിനക്കാകാണ് ഇഷ്ടപ്പെടാനില്ല ഏത് ഉണ്ടാക്കി നിങ്ങൾ ഏത് മക്കാമിലാ നിൽക്കുന്നത് ജമ്മിൽ നിൽക്കുന്നോ ഫർക്കിൽ നിൽക്കുന്നോ ബക്കാളിൽ നിൽക്കുന്നോ ഫർക്കിലാണോ നിന്നത് ജമ്മിൽ നിന്നോ ബക്കാളിൽ നിന്നോ അതായത് ബക്കാളിൽ വന്നാൽ ഫർക്കമ്പല് ഫർക്കമ്പലിൽ ആണോ ജമ്മിലാണോ ഫർക്കുതാണിയിലാണോ നിങ്ങൾ മക്കാമറ എന്നിട്ടുവാണോ ഉത്തരം പറയാൽ മൂന്നാമത്ത നാലാമത്തെ ഒരവസ്ഥയില്ല ഫർക്കമ്പലിലാണോ ണെങ്കിൽ രണ്ട് മൂജ് രണ്ടായിരം തന്നെ കാണും അത് വെറുഹിയന്ന് ആകാശുണ്ട് ഭൂമിയുണ്ട് അറസ്റ്റുണ്ട് കുറിസിയുണ്ട് അതല്ല അത് അവർ നോക്കുന്നില്ലേ കാണുന്നില്ല നീക്കി പെണ്ണിനെ തന്നിട്ടില്ല ആടിനെ തന്നിട്ടില്ല എന്നാലും പറഞ്ഞിട്ട് ഇല്ലേ ആടും പെയ്യുന്നില്ല തന്നു അവലോ അന്നാഫലത്തിനാലും ഈ മാമന തൈദ്യം അന്നാമൻ നമ്മളുണ്ടാക്കി കൊടുത്തവരെ അന്നാമനെ പോറ്റുന്നുണ്ട് ഓർഗ് ലഫവും ഗുണ്ട് അതിനു കളാരെ ജീവിക്കുന്നുണ്ട് അപ്പൊ അതല്ല ആ രഹം അതിനെ കറക്കാനും വാഹനം കയറാനും മറ്റൊക്കെ മെരുക്കി തന്നിട്ടുണ്ട് ചവിട്ടിട്ട് കുത്തിയിട്ട് പോടാന്ന് ചോദിച്ചെങ്കിൽ പിന്നെ അതിനൊപകാരം ഉണ്ടാവുമോ മെരുക്കി തന്ന ഞാനാന്നാ പറയും നിങ്ങൾക്ക് ഉരുങ്ങുന്നു വാരുമ്പോൾ കുഴിന്ന് കടക്കുന്നൊരുമ്പോൾ കടക്കുന്നു കറക്കെട്ടെന്ന് മല കാണിച്ചിരുന്നു പമീന്ന ഉറക്കോപം അതുകൊണ്ടുതന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നതും അതുകൊണ്ടുതന്നെ പമിന്ന ഉറക്കം ും തിന്നാൻ പറ്റുന്ന അതുകൊണ്ടാണ് അറച്ചേരാൻ വേണ്ടി കടന്നിട്ടില്ലേ ചെറിയ ചെക്കനല്ലേ വലിയ പോതയും പിന്നെ അത് പിടിച്ചു കടത്തി നമുക്ക് അഴിഞ്ഞു പോകുന്നില്ല എന്താ കടത്തി അത്ര നമുക്ക് തിന്നിപ്പറച്ചട മൊക്ക എന്നിട്ടോ ഓലമുക്ക് ആ മനാഫി മോശാരിയും അഫലം വേറെന്തെല്ലാം ഉപകാരം ഉണ്ട് തോല കൊണ്ടുണ്ട് ഗ്രോമം കൊണ്ടുണ്ട് പാലം കൊണ്ടുണ്ട് ബണ്ണ കൊണ്ടുണ്ട് തേരുണ്ട് മോരുണ്ട് നെയ്യുണ്ട് ഇതെല്ലാം ഇല്ല അപ്പൊ ഒന്നില്ലെന്നാലും ഭർത്താവെല്ലാം എടുക്കുമ്പോൾ അതെല്ലാം ഉണ്ടാവും പക്ഷെ അത് തന്നെയാണ് മുസ്തക്കെല്ലാം പുറവർത്തിക്കുന്നത് അത് തന്നെയാണ് മാസ്റ്റ് അത് തന്നെയാണ് എല്ലാം എല്ലാം എന്ന് വിശ്വസിച്ചാൽ ഈ മതിപ്പോ അപ്പൊ അവിടെ ഒരു അണവോളെന്താക്കണം അതിന് മാറ്റിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇനി എന്താക്കും എന്ന് പറഞ്ഞാൽ അതല്ലേ നാനെ കാണാനുണ്ട് അവിടെ ാമിനെ കാണുമ്പോൾ ഞാനെ കാണലുണ്ട് ഞമ്മളെന്നിട്ട് താഴെ അനുള്ളി മറിഞ്ഞെടുക്കുന്നുണ്ട് അതാണ് അസ്രാർ ഉദ്ദാക്ക് വൈനലക്കും ആമി അന്നാമിനുണ്ട് ലൈബിറ ഒരുപാട് വാടം പഠിക്കാനുണ്ട് അന്നാമ പൈനക്കുണ്ട് നമ്മള് നിങ്ങക്ക് കുടിപ്പിക്കുന്നു ആശു പിന്നെ കുടിക്കൽ നമ്മള് പാല് ഒരു കുടിക്കല് പോരാ ഒരു നുണ്ട് നമ്മളുണ്ട് ആ നമ്പളാണ് ഏറ്റുള്ളിൽ അസദാർ ഉദ്ദാക്ക് എല്ലാത്തിലും പ്രവർത്തിക്കുന്നത് ഈ അസ്ദാർ ഉദാഖി തന്നെ ലയിച്ചിട്ട് അതിൽ തന്നെ ജമായ ആളാണോ എന്നാക്കി ഗുരുവിൽ കാണേയില്ല അപ്പൊ പിന്നെ അവരോട് മറ്റേ ഗുരു ഇതുണ്ടോ ഇല്ല നോക്കുമ്പോൾ പിന്നെ എന്നെ വേനയില്ല ഓട്ടോമാറ്റിക് ഇല്ലാണ്ടേ കൈത്തന്നുമില്ല പറഞ്ഞു നമ്മുടെ ജാനാജി എന്താ പറഞ്ഞപ്പാതി ആനമൊന്നിലേക്ക് ചേർക്കപ്പെട്ട മജാദിലേക്ക് ചേർക്കപ്പെട്ട വ്യക്തി ഷാഹിദ് വാഹിദൻ ഒരു വാഹിദാ ആയുർത്തനുണ്ട് അതാണ് ആ നൂലിൽ മഹാജ കത്തിച്ചൊരിക്കുന്ന ചൂടുള്ള ഒരു വിളക്കിനാവുണ്ടാക്കി ഈ സൂര്യൻ സൂര്യമ്മ കാണുന്നുണ്ട് പക്ഷെ അതിനുള്ളിൽ എന്താണ് പറഞ്ഞത് ആ നാനക്കാഠനോ ഒരു ഞായനുകൊണ്ട് അതിനോട് വിളിച്ചു പറയുന്നു അതാ കു അതായത് തന്നെ നോക്കി പോയാ അന്ന് അസൂരനെ കാണൂലി പോയി അപ്പൊ ലാ അസുരൻ ആഭവത്തിൽ അനുസരിച്ച് വരട്ടെ അപ്പൊ ആ ജമ്മിൽ നിൽക്കുന്ന ആൾക്ക് മറ്റേ അതിലീഫയില്ല ഭുജൂദ് കാണേ ജീവിതില്ല ഇനി ബക്കായന്റെ മത്താമരേക്ക് തിരിച്ചു വാ ജമ്മിൽ നീ തിരിച്ചു വരുമ്പോ ആ സൂര്യനുണ്ട് ബില്ലായി അരച്ചുണ്ട് ബില്ലായി പശുണ്ട് ബില്ലായി ബില്ലായി കണ്ടിട്ടേ ആരെ കാണുന്നുള്ളൂ പശുനെ കാണുന്നുള്ളൂ അപ്പോഴെന്നുണ്ട് അറ്റൈക്കിയായ വുജൂത് വുജൂതായിട്ട് കാണുകയും ചെയ്തു മജാദ്യായ വുജൂദും ഓനെ കൊണ്ടുവന്ന അതൊക്കെ നീ കാണുന്നുണ്ട് അത് ചെക്കു വരില്ല ഇനി സെറൈന്റെ ഭാഷയിൽ ചെറുക്കി വേണമെങ്കിൽ എന്താകണം നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഫർക്കമ്പല് നിക്കുമ്പോ ഇത് തന്നെയാണ് മോശം എന്ന് കണ്ടുപോയെങ്കിൽ ചെറുക്കുവരും പോവാണ്ടെ ഫർക്കാൻ പക്ക കിട്ടോ ഇങ്ങനെ അതാവില്ലല്ലോ അസീർ അമ്രാജാത്ത കാലത്തോട് ചെറുക്കിയാവില്ല നിങ്ങക്ക് റിക്വൈസ് കഴിഞ്ഞാൽ കണ്ടെ സുചോദിക്കാൻ കഴിയൂല അതിന് പണ്ടേ മറുപടി പറഞ്ഞു നിങ്ങളുടെ ഷെയ്ഖ് വളരെയധികം കാബിലയത്തുള്ള ആളും പാരിയത്തുള്ള ആളുമാണ് കേരീതി എന്തുണ്ട് ഇംഫിയ ആരുമുണ്ട് കേട് ഇംഫിയ ആ നിലോണം കൂടുമ്പോൾ എന്താക്കും ഷെയ്ഖേന മക്കാമ്പലാണെന്നുണ്ടെന്ന് വളരെ ഒറ്റ വലിയ കട്ട് വിളിക്കുക നിങ്ങൾ കൊറക്ക പരി തന്നെ എന്താക്കും ജമ്മുൻ ജമ്മിലേക്ക് വെച്ചു അത് തന്നെ ക്യാസല്ല ആദ്യത്തെ പ്രകാരം പോന്നെങ്കിൽ അല്ല ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതന്നെ പറയുമ്പോ സമയമില്ലേനെ പറഞ്ഞുതന്നെ പറയാൻ സമയമില്ല ഒരിക്ക പറയാൻ തന്നെ ഇവിടെ സമയത്തുന്നില്ല നിങ്ങൾ ഇമ്മാമിനെ തുടർന്ന് ഇമ്മാമ സുജോദന എങ്ങനെ കൈവട്ടി അവിടെ പോകുന്ന കൈ റുക്കുവില്ല സുജോദന്റെ നേരെ സ്വതിലേക്കെ പോയിപിടത് അത്തര പോയിട്ടുണ്ട് അപ്പൊ ശേഷം എന്താണ്ട് നല്ല പാഴീയത്തിണ്ട് പുതിയ തീരത്ത് ഇന്ത്യാലും ഉണ്ട് ഏഴ് ദിവസാലും ഇവിടെ കൂടുമ്പോ സംഗതി മുറുകുന്നു അപ്പൊ ശേഖ ആണ് ഞാനെന്താക്കും ചെമ്മും ചെമ്മിലെ മക്കാമെന്ന് നിൽക്കുമ്പോ നിങ്ങളെ ഭരിച്ച കേറ്റിൽ ഇട്ടപ്പുറത്തേക്ക് ആൾക്കാർ എന്റെ അതത്തിലുണ്ടാവുമെങ്കിലും അതൊക്കെ വിട്ടോ ചൊരും അപ്പുറത്തേക്ക് പായ അതിനേക്ക് സ്പ്രിങ് വെച്ച മാതിരി വിടുത്തം മുട്ട പോയപ്പുറത്തേക്ക് പടി പടി അയച്ചാലേ കേട്ടെന്ന് എന്നാ തമക്കൂനായി ഹാലായി മക്കാമായി തമക്കൂനായി തമക്കീനായി ആയി അയച്ചു വരുമ്പോൾ റചുവുണ്ടാവൂല പടി പടി പടി പടി ആഴ്ച കയറിപ്പോന്നു ഓരോന്നിനും തമക്കൂലായിക്കൊണ്ടാ പോരോ നിശീലിച്ചു ഓരോന്നും പ്രാക്ടീസ് ആയവരുന്ന് പ്രശ്നമല്ല മായാലേക്ക് പോകാനുള്ള അവസ്ഥ അക്കി മാതിനുള്ള എല്ലാ കോപ്പും കൊടുത്തു തന്നെ അബുലബാസൻ മൃത്തി പറഞ്ഞത് ഗോഹം കൽപ്പം കൊടുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞത് ഇപ്പത്തേക്കൊരു ലഫ്സും ലഫ്സും തടിയാമേയും വന്നിട്ടല്ല ആണ് ഉറക്കാക്കിയ അപ്പോൾ ഇതിന് സത്തത് റസ്മേ ശക്കലെന്നൊക്കെ പേര് വരാൻ കാരണം എന്താ വധുൽ ഇത്തലാക്കി അത് ഇത്തലാക്കാനുള്ള ന്യായം എന്താന്ന് ആ ധനൽ മഹാനി മറ്റേ എന്തുണ്ട് ഒരു മഹാനെന്ന് പറഞ്ഞ കൂടിയുണ്ട് ധനാരത്വൻ അരൽ അതാണ് അതിന്റെ ജാമ്യം ഒരു സാധനം മറ്റിന്റെ മേലഅ അറിയിക്കാൻ വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തും ദാല് മധുരന്റെ പന്തുണ്ടല്ലോ ആ ആ പന്ത്രണ്ട് കൂടിയുണ്ട് കായനകത്തൊക്കെ തമ്മളിക്ക് എന്ത് മേലറിയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അഫ്ആാലിന്റെ മേലില് അഫ്ആാലിന്റെ അസ്മാൻ സിഫാത്തിലേക്ക് സിഫാത്തിന്റെ ദാത്തിലേക്ക് അറിയിക്കുന്നു അപ്പൊ ദലാലത്തുണ്ട് നമ്മളൊരു ഹറഫയുടെ വരച്ചു കഴിഞ്ഞാൽ ഈ ഹറഫടെ മാനാ മല അറിയിക്കുന്നുണ്ട് അവ ദലാലത്ത് രണ്ടിലും ഇല്ലേ ഇതാണ് എന്റെ أبا فكما أن الحروف تضل على المعاني حروف غالو معاني نمالاريك بوالك كذلك هذه الأجرام الحصييتو هذه الحصيات هي الأجرام الكمبلة المقصود منها هو قبل المعاني اللطيفة هذا هو المقصود أنت لطيفة معاني دراك جئيلا لطيفة معاني أبدا كنت ونجل الله إلا أفعال آغام إلا أنك الأسماء آغام إلا أنك صفات آغام إلا رات آغام ദാത്താണ് ഞാ കൊണ്ട് സൂചിപ്പിച്ചത് അഫ് ആരൊന്നുമല്ല ചില സ്ഥലത്ത് അഫ് ആരെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടാകും നമ്മള് നമ്മള് നമ്മളെന്ന് പറയുമ്പോ ആരാ ഉദ്ദേശിക്കുന്നു ദാത്ത ഇങ്ങനെ വിളിച്ചു പറയുന്നു ചില സ്ഥലത്ത് എന്താകും അത്തമാരെ വിളിച്ചു വന്നിട്ടുണ്ടാവും അതായത് നോക്കണോ എന്തിനു മേലെ സൂചന സൂചിപ്പിച്ചിട്ടുണ്ടാവും കയ്പ പൊതിക്കത്തിൽ ഇന്നലെ സൂചന അഫ് ആലിലേക്കാണ് കയ്പയിലേക്ക് താത്തോക്കൂല കയ്പ ഹൊലിക്കത്തെന്ന് പറയുമ്പോൾ അല്ല ഹൽക്കിന്റെ രീതി എങ്ങനെയാന്നല്ലേ അപ്പൊ അഫ്ബാലിന്റെ വൈവിധ്യം അത് സൂചിപ്പിക്കുന്നു അപ്പൊ പഠിക്കാർക്ക് എന്താക്കി ആദ്യ സുഹൂത് ബന്ധപ്പെടാൻ ഒന്നാം പടി അവിടെ തുടങ്ങി കയ്പ കൊലിക്കത്തുനിന്ന് അഫ്ബാൽ ഉണ്ടാകണം കുറെ സ്ഥലത്തെത്തുമ്പോൾ എന്താ അഫ്മാലേക്ക് സൂചിപ്പിക്കും അഹോ ലത്തീഫ് ഉൽ എന്നൊക്കെ പറയുമ്പോ എന്താകും ആ ഇസ്മയിൽ കൂടിയിട്ട് അതിനെ കണ്ടതുണ്ട് കുറച്ചും കൊണ്ടെത്തുമ്പോൾ അത്ര ഉപാത്ത പഠിക്കുന്നു അത് ആഴത്തെങ്ങനെ ഓർമ്മ നമുക്ക് പറയുമെങ്കിലും ആ രീതിയിൽ ആയത് ഓർത്തി കൊണ്ടുപോകണം അപ്പൊ കൊറേമാരെ കണ്ണൂരിൽ പറയിലുണ്ട് ഇപ്പൊ കുറേ അന്നെങ്കിലും തൊണ്ടലില്ലേ പക്ഷെ ജനങ്ങളെ ബുദ്ധിക്കൊപ്പിച്ച് തൊണ്ട എന്നല്ലാണ്ട് അടിയിരിക്കുന്ന ആളെ കപ്പാസിറ്റി ആകും നോക്കണ്ടേ അപ്പോൾ ഹിസ്സീയായ അജുറാമ കൊണ്ടുള്ള മക്കുസൂദ കമനുൽ മഹാനി ലത്തീഫായ മഹാനി ആ മാനി എന്താകാം ഒന്നിക്കിന് അഫ്ഹാനെ പറ്റിയാകാം അല്ലെങ്കിൽ അസ്മാവിനെ പറ്റിയാകാം അല്ലെങ്കിൽ സിഫാത്തുകളെ പറ്റിയാകാം അസാർദാ സിഫാത്ത് മുതലാണുപ്പർ തുടങ്ങുന്നത് സിഫ അൻ മറ്റൊക്കെ സാധാരണക്കാർ മൊക്കാൻ പറ്റി വിട്ടുകളഞ്ഞു അഫ്ഹാനും അസ്മാവും സാധാരണക്കാർക്ക് ഉട്ടുകൊടുത്തു അത് വലിയ മൊക്കാമൊന്നും അല്ലെന്നാ പക്ഷെ താരമ്യേനെ ചേർന്ന നല്ലതാണെന്നുണ്ട് ഏത് ചെറിയ ബുദ്ധിക്കാർക്ക് സാമാന്യ ബുദ്ധിക്കാർക്ക് എന്താക്കും പ്രവർത്തിച്ച ഒരാളുണ്ട് എന്ന് അതിന്റെ അസ്മാവ് കുട്ടിയോടേക്ക് ഈ മേശാല ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആശാല ഉണ്ടാക്കി എന്ന് പറയുമ്പോന്തായിപ്പം കണ്ട് പുറത്തിറക്കില് വെച്ച മാത്രം കഴിച്ചാൽ മതി അപ്പൊ സാധാരണ ചെറിയ ബുദ്ധിക്കാർക്കെ അത് കൊണ്ടു നമ്മക്കലിനും അക്കലിനെയും അപ്പുറമുള്ള തവറുള്ള ബസ് ഇടത്തിന്റെ അൻവാറു സിഫാത്തും അസറാറുദാത്തും പറയുന്നത് അതേ കാര്യമായി മക്കളുമായി ചോരടുക്കുന്നുള്ളൂ എല്ലത്തിനകത്തുണ്ടല്ല ഇല്ലന്നെയല്ലേ ഉള്ളത് കാണുക ആ എല്ലാം വരും വക്കമ്മ അന്നൽയ ഇതാ അഗ്നൽ മാന ഒരു കാര്യ കിതാബ് നോക്കുന്ന ഒരാള് മാനനെ കാണാപ്പാടാക്കി നോക്കാം എന്നാ മഹാർ റസ്മ പിന്നെ റസും നടപണ്ടല്ലോ ആല് കൂട്ടി വെച്ചില്ലേ നോക്കുമ്പോ ബോർഡുണ്ടോ കാണാപ്പാടാക്കി ആ അതിന് വായിച്ചൊക്കെ വായിച്ചു മനസ്സിലുള്ള കേട്ടിട്ടില്ലേ ഇതുപോലെ കഥാനിക്കല്ലാരീല മായ അജറാം ഹെസിയത്തിൽ നിന്നെന്താക്കി മാന പിടിച്ചോയ് കഴിഞ്ഞ കൂടെ വായിപ്പായി പോയി വന റുസൂമിലേക്ക് പിന്നെ അവൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇവ മായ്ക്കെന്ന് വെക്കണ്ട പാൽ തം തഹീമിൻ നദ്രി നദി സ്വയം മാഞ്ഞോളൂന്ന പറയുന്നത് അവൻ മറ്റേ കാണുമ്പോൾ തന്നെ ഇതേ ലയിച്ചുപോയി ഓട്ടോമാറ്റിക്കലി കൂടെ മാഞ്ഞോളൂ മായ്ക്കേണ്ട ആവശ്യം فقد قال <سؤال> ابن المنذري رضي الله عنه وارى في بعض كلامه وينما يتبين الحق عند ميلال الرسم ومندرات الرسم قال ولل انسان لوحا وتفتيق صورته وتشكيلها انه امر الله عليهم يقول وينما يتبين الحق حق تري எப்பാണ് عند ميلال الرسم رسمه لما اله لا كان كي تما اله النا अर्थ കൈത്തൊന്ന് മഹില്ല എന്ന അവസ്ഥ മൂന്ന് കഴിഞ്ഞാലേ മറ്റേ തനി അതിന്റെ തനി രൂപ ഇങ്ങോട്ട് വരുള്ളൂ അത് തന്നെ അതേ മഞ്ഞാന്റെ മന്ദിരാ തേഞ്ഞ് മാഞ്ഞു പോകണം വൽ ഇൻസാൻ ലൗഹാണ് ഇൻസാൻ ലൗഹാക്കി വെച്ചോക്ക് സൂറത്ത് അവന്റെ സൂറത്തിന് പല കുറങ്ങിലാക്കിയില്ലാത്തല്ലോ വായുപാറെ കണ്ണുപാറേ മൂക്ക് പേറെ ചെവി പേരെ ഇങ്ങനെ പലതിലും തസ്റ്റീലി അതിനെ ലെവലാക്കി അതൊക്കെ സ്വത്തറുകളാണ് കയ്യൊരു സ്വത്തറാണ് കാലൊരു സ്വത്തറാണ് മൂക്കൊരു സ്വത്ത് ചെവി ഒരു സ്വത്ത് ഈ സ്വത്ത് നിന്നെല്ലാം എന്താക്കണം ഓരോ ആനി പിടിച്ചെടുക്കാനുണ്ട് അലംനജ അല്ലഹോനൻ വശനിടനി അപ്പൊ അയിനിൽ കൂടി എന്താക്കണം നജ് അല്ലഹു എന്ന് പറഞ്ഞ് ആ നൂന കിട്ടണം അയാക്കെ ഒരു നഹനുണ്ടല്ലോ അവിടെ ഇസാനിൽ കൂടി മറ്റൊന്ന് കിട്ടാനുണ്ട് ഷഫത്തേനെ കൂടി വേറൊന്നും കിട്ടാനുണ്ട് അപ്പൊ ഓരോ കലിമാറ്റ അങ്ങനത്തെ സദ്യ മസ്തോബം ഫിയ ആതിൽ എഴുതപ്പെട്ട എന്താണെന്നറിയോ ഒക്കെ പുതുറത്താകുന്ന കലമ്പുകൊണ്ട് സുബഹാനി മാ انا بحدي لمن عرفني ان الله دنيا لكينول للهذا ارفضتهم انغانولان واتران اذا الا اميرننه كورة لفريق رغاء لذيه لفرشو اولا رب تسمير سبحان البذيء الثاني ايضا سبحاني معظم شاني انا بحدي لمن عرفني اننا على اعرفتها كيني اولا كنانا اتكار مرن نبرا اللمانوى അല്ലേ പറയായ കേ ബോക്കും നടവാക്കില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഫഹാദാ മാന സത്തൂർ ലതിഫ് ഇൻസാൻ ഇദാ ഇൻസാനൽ ഖുറയ് സത്രണ്ടുന്ന അതിന്റെ മഅനീ ഇദാന്ന് ആര് പറഞ്ഞു സസ്തജീബ മിൻ ഖുറ സത്ത റഹ്മാന സത്തൂർ ലതിഫ് കാജിമഉ എന്ന് പറഞ്ഞു فاذا ഹഫിദ ഹാദാൽ മഅനാ ഈ മഅന വിക്ക മരപാടമായി എന്ന മനസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ മഹാ റസ്മഹു വസ്മഹു ഓലും പോയ ഓൻ എത്തും പോയ ഓലും ഇല്ല വ ബാക്കിയം മഅനാ വിക്ക ഓനെ മഅന മാത്രമേ ആണ് ബാക്കിയുള്ളത് ഇതെന്താ ഉപ്പറ പറഞ്ഞത് ഹിസ്സിന്റെ മാനാത്തിലൂടെ മാനാന്റെ ഭാഗത്തിൽ കൂടിയുണ്ടെന്നല്ല പറഞ്ഞ മാനാന്റെ ഭാഗത്തിലൂടെ ഇപ്പം പറഞ്ഞത് ഹിസ്സിന്റെ ഭാഗത്തിൽ കൂടി പറയാ ഇത് ആലോമിന്റെ ലോകം മുഴുവനും മനുഷ്യനടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കള്ളി പപ്പതുസമിയാതമുതമോമി അസരിഹി ലോകം മുഴുവനും എന്തെല്ലാ വസ്തുക്കളുമെല്ലാണോ ചുറ്റി പൊറിഞ്ഞു നിൽക്കുന്നത് അത് മുഴുവനും മനുഷ്യ ശരീരത്തിൽ കാണാൻ കഴിയും എന്നാ നമുക്ക് ആ ഒരു കോപ്പിയാണിവൻ യു ഹാവ് സൂറത്ത് ഇവന്റെ ഒരറ്റ സൂറത്തുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഈ കാറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് നോക്കി ആലമെടുക്കാം ആലമിന് ആകെ നേരെ ഉണ്ടാക്കാതെ ഇങ്ങനെ ആക്കിയാക്കിയാക്കി പോരും തിരിക്കും എന്തല്ലാത് ആ കത്തീഫും ലത്തീഫും ആലമുൽ അജുറാം ഇല്ലല്ലേ ലത്തീഫേദിനുള്ള അടങ്ങുന്ന ആരികൾ പെരന്തു പറഞ്ഞ് ആലമുൽ ഹൽക്കുന്നു ആലമുൽ അമ്രൂ അല്ലെങ്കിൽ ആലമുൽ ഹിറ്റ് ആലമുൽ മാന എന്ന് പറഞ്ഞു എന്ത് പേര് കൊടുത്തിട്ട് ശരീരത്തിറ കേട്ടെ ലത്തീഫാ ക അല്ലേ ഇതിന്റെ ഉള്ളിലിറങ്ങുന്ന അത്രാറുകളും മായകളും എന്തെല്ലാം ചോദ്യയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ലത്തീഫാണല്ലോ നേരെ രണ്ട് കുളിക അതന്നെണ്ട് ഇനി കത്തീഫിനെ പിടിച്ചിട്ട് പല ഗുളിയൊക്ക എന്തൊക്കെയുണ്ട് ദ്രാവക രീതിയിൽ കാണാം കാറ്റായിട്ട് കാണാം കറ്റിയുള്ള പദാർത്ഥങ്ങൾ കാണാം ചെടികളെ പോലെ കാണാം അല്ലെ പല കോലത്തിലും എല്ലാം കുഞ്ഞ അവിടെ നോക്ക് മുഴുകുന്ന ദാകലുണ്ട് ചെടികളുണ്ട് കുറച്ച് പാറക്കല്ലുകളുണ്ട് എല്ലാം നോക്കാം ആ പാറക്കല്ലിന്റെ സ്ഥാനത്തല്ലേ പല്ല് ഇല്ല് കൊട്ട് മുള്ളിതെല്ലാം കുറച്ച് പാറക്കല്ലേ ശരിക്കുന്ന സോണങ്ങല്ല പല്ല് പൊട്ടിയാ കല്ലോണ്ട് പല്ല് പകര കൊടുക്കുന്നതല്ലേ പല്ല് കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം റുപ്യ വരും മുപ്പത്തിരണ്ട് പല്ലും നല്ല ഉണ്ടാക്കിത്തരും ഒരു ലക്ഷത്തി അറുപതിനായിരത്തി കുറുപ്പി വരുമ്പോൾ മുപ്പത്തിരണ്ട് കൊല്ലം സെറ്റാക്കണെങ്കിൽ കൈയ്യൊന്നും ചെയ്യണമെന്നാ പറഞ്ഞു ഏകദേശം ഗ്യാരണ്ടി ഉണ്ടല്ലോ അപ്പൊ ഫ്രീ ആയിട്ട് അള്ള മുപ്പത്തിരണ്ട് പേരെ വന്നപ്പോ ഇനി ഒരു ലക്ഷം റുപ്പ്യൊന്നുമില്ല ഫ്രീ അപ്പൊ ഒരു ലക്ഷം ഉറുപ്പിയൊക്കെ സാധനം ഫ്രീ അതിന് ഉള്ളി വെച്ചാന്നിട്ടുണ്ട് അതിന് തന്നെ ും കഫീഫുംസ്മുഹും സാക്കിനും അനുസ്മുഹവും മുത്ത ചിലത് സാക്രോണ്ട് ചിലത് മൂത്തുണ്ട് നിസ്മുഹവും നൂറൻ നിസ്മുഹവും അനൂറത്തേക്ക് നോക്കിയിട്ട് അത്താപ്പത്തിലേക്ക് നോക്കിയിട്ട് അതൊരു രാഹുപ്പകം നോക്കട പകുതി ഇരട്ട് പകുതി വിളിച്ചല്ലേ പന്ത്രണ്ട് ഏതാ ഏതാണ് രാഹുപ്പകം നോക്കിയാണി ആവറേജ് നോക്കിയാടി പന്ത്രണ്ട് മണിക്കൂറും പകുതി മണിക്കൂറിൽ ഏറ്റവും കുറച്ചുണ്ടാകാം വജാല ഫീൽ അനാഥ നടത്ത ലോകം മുഴുവനും പടക്കപ്പെട്ട അനാഥ തീവണ്ണും കാറ്റും മണ്ണാണ് ആനല്ലേ മരിച്ച ശരീരത്തിലുണ്ടല്ലോ അതിനാലെണ്ണം അനാസിലൊല്ലിയപ്പോ നാലാണ്ട് അടിച്ചിട്ട് അവിചതി കൂട്ടി നാലിച്ചിട്ട് ഒന്നും ഒന്നാലെന്താണ് തീകെട്ടം ഇവയിൽ നിക്ഷേപിച്ചിരിക്കുന്നു കൂവത്തൽ ജൽബി വത്ത ഇവന്നി ജൽബേദിക്കലി ആവശ്യമുള്ള വസ്തുക്കളെ അകത്താക്കാനുള്ള ചഹപാത്തണേത് ജൽബിലുള്ള കൂപത്തിൽ പുറന്തെണ്ണോ കാഷ്ടം മൂത്രം അഫം വേറുപ്പ് മുതലായ പുറന്തള്ളണം ദാഫിയത്ത അതുപോലെ വിസർജ്യ വസ്തുക്കളൊക്കെ പുറന്തള്ളന്ന് വലിക്കേണ്ട സാധനം ആചരണം ചെയ്ത് അതുപോലെ തന്നെ വേറെ എന്നുള്ളതിലുണ്ട് ഇനി വജാല തൽ യഥാനത്തെഹി ഇവന്റെ കൽബിനെന്താ സിറിന്റെ കേന്ദ്രമാണ് ഹദാനിയാണ് രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചുവെക്കാനുള്ള കമ്പ് ഇതുപോലെ ലോകത്തിനുണ്ടി രഹസ്യമൊന്നും വലിസാനോ തുർജ്ജമാനദാനിക്ക് ലിസാനാക്കിയത് കൽബിനെന്താണോ ഉള്ളത് അത് പുറത്തു പ്രകടമാക്കാനുള്ള തുർജ്ജമാനാണ് തർജ്ജമക്കാരനാന്ന് ലിസാൻ വായനാവും ഹാരിസ് എത്താണ് രണ്ട് കണ്ണോ കാവൽ വസ്തുവാണ് അതെ വരുന്നുണ്ടാ നോക്കുന്നുണ്ടാ കണ്ടോ വൗതനാകോ മുഹ്ബറത്താൽ വേറെ ആർന്നെങ്കിലും വാർത്ത കാറ്റാൻ വാർത്ത ഗ്രഹിക്കാനുള്ള സാധനമാണ് ഇത് ചെവി വരിജിലാകും മാത്ര രണ്ടു കാലോ വായനത്തിന്റെ സ്ഥാനത്താണ് യഥാകും ആദിമത്താൽ ഇവരിക്ക് ഹിതുമെടുക്കാനെ രണ്ട് കെയിൽ എടുക്കണം വെക്കണം കൊടുക്കണം വാങ്ങണം എഴുതണം വായിക്കണം ഹു അരശു തലഅ അരശിന്റെ സ്ഥാനത്താണ് സദറോ തുറസിയുടെ സ്ഥാനത്താണ് വജാനിബാഹു ഇവന്റെ ഇടഭാഗം മുമ്പാകം വലഭാഗം നാലുണ്ടല്ല നാല് ഭാഗം കിഴക്ക് പടിഞ്ഞാറ് എന്താ നാല് തിക്കുണ്ട് വജാര അറക്കത്തോക്കെ അറക്കത്തിശംസി ഇവന്റെ അറക്കത്തേതുപോലെ സൂര്യൻ ചന്ദ്രനും നടക്കുന്നതുപോലെ ന്യൂജുവോളും ർക്കീമിൻ ഉൽ അതിന്റെ തർക്കീബേതൽ അതേ തർക്കീബിലാ ഉള്ളത് നമുക്ക് ഉൽക്ക് റൗണ്ടല്ലേ ഈ റൌണ്ടിനെ നമുക്ക് പന്ത്രണ്ട് രാശികളാക്കി തിരിച്ചു ഒരു ബ്ലോക്ക് എടുത്താക്കിയ പന്ത്രണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രി അതിൽ കൂടി ഇങ്ങനെ സൂര്യണി ചന്ദ്രൻ കടങ്ങുന്ന അതേ രീതി തന്നെയാണ് ഈ മിനിറ്റ് സോചി മണിക്കൂർ സോചിങ്ങനെ കടങ്ങുന്നത് അതേ എണ്ണത്തിൽ അറുപത് മുന്നൂറ്ററുപതിന് ലിസ്മക്കനുസരിച്ച് എല്ലാ വരികളും കാണാം മിനിറ്റോള മണിക്കൂർ അറുപത് അറുപത് അറുപത് ഇങ്ങനെ മുന്നൂറ്ററുപതിലേക്ക് ലത്തിച്ചിരുന്നു അതേപോലെ തന്നെ അതുപോലെ സെറ്റൻഡ് കൂടുമ്പോൾ ഒരു മിനിറ്റ് അറുപത് മിനിറ്റ് മണിക്കൂറ് ആറ് ഡിഗ്രി എത്ര മുന്നൂറ്ററുപത് തന്നെ അറുവാറ്റൻ മേശ നഹിരിൽ അന്നോ തരാക്കിയത് ഇരുപത്തിനാല് ദശേരുക്കളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എണ്ണത്തിൽ ഒപ്പിച്ചാക്കി വസീയനാസ്ഥന ശരീരമാകണ്ണി നോക്കിയാൽ ഇരുപത്തിയെട്ട് ജോയിൻസുകൾ കാണും അല അതതിൽ മനാസിലി ചന്ദ്രനം കറങ്ങുന്ന മനാഥികൾ തമ്മിലുള്ള ലശ്വതി ഭരണിയും കാത്തികരോഹിണിയും വാതക പുലർത്തം പോയ മായില്ലെന്ന് ഇരുപത്തെട്ട് നക്ഷത്രത്തിൽ ഒപ്പിച്ചിട്ടില്ല ിൽ പന്ത്രണ്ടോളം ആനകൾ കിടക്കുന്നുണ്ട് അലഹത്തിൽ ഗുറൂജീ പന്ത്രണ്ട് ഗുരുജൻ ഉള്ളത് പന്ത്രണ്ട് ആനകള് കുമ്മത്ത് ഹാഫി നാകുമ്പത്ത് കുമ്പത്ത് ഈ മുതിരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പന്ത്രണ്ടോളം കാണും ആനകൾ കുമ്മത്ത് വാഹി മാത്ത് ചവണിങ്ങനെ ഉള്ളി കിടക്കുന്ന താനങ്ങളാണ് പ്രക്രിയയിലെല്ലാം ആവശ്യത്തിൽ വരുന്നുണ്ട് എല്ലാം ഒന്നിച്ച് പണിയെടുക്കുമ്പോൾ പണി നടക്കുന്നു ഏതെങ്കിലും ഒന്നിനും മിസ്റ്റേക്ക് ആയാൽ വരുന്ന ഒന്നില്ല തൂർന്നില്ല വീട്ടിൽ നിന്നില്ല കാശ് വന്നില്ല എന്നറിയാൻ രാഷ്ട്രീയക്കാടെങ്കിലും മിസ്റ്റിക്ക് വന്ന വന്ന ആഹാരം വേണ്ടാന്ന് പറയും സാഹവില്ല വെസ്തുല്ല അതിൽ തന്നെ ഹിസ്റ്ററി മാനവിയുണ്ട് ചില പറയല്ല തോന്നുന്നില്ല പൊടിയെ പോകാൻ തോന്നുന്നില്ല അങ്ങനെ മാനവിയാണ് ഇതാരം ആ ചെലവത്തിൽ ഉണ്ടായിരുന്നേ ഹിസ്സിയായതില്ല വേണ്ട തോന്നി അങ്ങനെ ആറോ പന്ത്രണ്ടോളം മാനികളുണ്ട് അത് അതിൽ ബുറൂജിന്റെ പൊസുഹു തലാ സമയത്തിൽ വസിത്തും വസിത്തറക്കാൻ മിടിക്കുന്ന നാടികൾ എത്ര മുന്നൂറ്റി അറുപതെണ്ണൂറ്ററുപത്താറ് മുന്നൂറ്ററുപത്താറ് നാടികൾ വെച്ചാൽ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നില്ല മിടിക്കല് അതുപോലെ തന്നെ സാക്കീനത്തു ആ ചലനെ കാണാത്തതും ഉണ്ട് അല്ലാതെ അയ്യാ മിൽ അയ്യ മുന്നൂറ്റി അറുപത്ത അറുപത്തഞ്ച് അറുപത്താറെന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ ദിവസങ്ങൾ എണ്ണാണല്ലോ വജാലം ഇവൻ രാമാശയത്തിന് അള്ളഹി ഒരു സഞ്ചെല്ലാം വാങ്ങിട ശരീരത്തിന് എന്തെല്ലാം വേണ്ട മരുന്ന് വേണ ഇവച്ചേക്ക ഭക്ഷണം വേണം എന് വീത്തിയെ കുടിക്കാൻ വേണം അതിൽ തന്നെ ഞാൻ മുണ്ടായി വേണം അതിൽ ഞെറ്റിയെ മെല്ലം വെയിറ്റന്മാരാണ് എല്ലാ കൂട്ട കൂടെ അവിടെ വന്നാരെക്കുന്നവർന്നല്ലേ എല്ലാം പോയി മുന്നർത്തേക്കല്ലേ ഇപ്പൊ പൊറിച്ചതും വെച്ചതും പച്ചക്കറിയും ബിരിയാണിയും മീനും മുട്ടയും പാലും എല്ലാം പോയി മുന്നർത്ത സ്ഥലത്തേക്ക് കവിതവും കസാ കവിതനാക്കിയത് ഓരി വെക്കുന്ന സാധനം ഇത് പങ്കിട്ട് കൊടുക്കാന് കാരണം വാസിദ്ധ്യായിക്കൊണ്ട് ഞാൻ ഇറമ്പിലേക്ക് ഓരോ സാധനം ഇങ്ങനെ ഇന്നലെ ഇറമ്പിലേക്കുന്നത് ഓട്ടം ലഭിക്കുന്നത് ഓട്ടെ നിങ്ങൾ ഓഹരി വെക്കുന്നത് സാധനം അവന്റെ മാംസത്തിനെയുള്ള അലുമുകളെ കഞ്ചിബാനി മണ്ണിൽ നാട്ടപ്പെട്ട പർവ്വതങ്ങളില്ലേ ഭൂമി നാട്ടപ്പെട്ട പർവ്വതങ്ങളും അതാണ് എല്ലി ഭൂമി വശാറഹു മുടിയുടെ നോക്കുക നവാത്തി ചെടികളെപ്പോലുണ്ട് മുളച്ചിട്ടില്ലായിരുന്നു കൊത്തി വാക്കി കളയാ പിന്നെയും മുളക്കുന്നുണ്ട് ചെടിയും ഒക്കെ നമുക്ക് എന്ത് ഗർ വയ്ക്കാൻ അതിൽ കൂടി രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന പുലകളെപ്പോലെയാണ് അതിലുള്ള ജൗഹറുകള് മഹാദിനികളാ അത് ഒമ്പത് അണ്ടാ പറയുന്നുണ്ടല്ലോ ലഹമ ദുഹ് ആറെണ്ണം ബാക്കി മൂന്നെണ്ണം എന്നാ ഒമ്പത് മഹാദിനങ്ങള് ലാമൃതമ ലാമൃത ഇറച്ചി ചോര എല്ല് ഞാടി പിന്നെ മജ്ജ കൊടുപ്പ് ആറുണ്ടായില്ലേ ആ